അത് ഹിലെ മറാഠിന്ദി മറ്റൊരു അതാ തുണൻ എന്നും ബാധ എന്ന് പറയാനോ എന്ന് പറയുമ്പോൾ ജമ്മൽ തരൻ എന്ന് പറഞ്ഞ മൊക്കെ വാഴ്ച ആണോ സുനലുകൾ പറഞ്ഞാൽ ആധാബുകൾ അപ്പൊ ഇവിടെ ജമാ തരാൻ നല്ലതെന്ന് നമ്മുടെ മൗര്യാക്കന്മാർ പോലെ ശരീരത്തിനെ പറ്റിയല്ല നമ്മൾ ചർച്ച ആ ശരീരത്തിൽ പാദിക്കേണ്ട ആധാറുകളാണ് നമുക്ക് പ്രാധാന്യം അപ്പൊ ജമാക്കിയിട്ട് ആധാറുകൾ ആക്കലാണ് നല്ലതെന്ന് നമുക്ക് പറയും ഞാൻ ചോദിക്കുന്ന മനുഷ്യ ഇതിനെക്കുറിച്ച് ഞാൻ സുനനിൽ പ്രത്യേകി അല്ലെങ്കിൽ പ്രത്യേകിച്ച് സഹീരന്റെ മ്പത്ത് കൊണ്ട് കപ്പ് വന്ന ആളല്ലേ അത മുറാതേ അല്ല സമ്പത്തുണ്ടാകെ ഇല്ലാതിരിക്കട്ടെ അതെന്താ പ്രത്യേകിക്കുന്നു അമുദിന്റെ ഉന്നതമായ നാടിപ്പത്തിന്റെ ഉന്നതിയിലേക്ക് എത്താൻ വേണം ഈമാനും വേണം അമലാഥൻ രണ്ടു മകരു ദൈവത്തിന് വേണം ഈ രണ്ടും മകനും ആവശ്യത്തിൽ എത്താതെ വന്നാൽ എന്താ കാര്യം ഒരാവശ്യത്തിൽ പത്തി ഒന്നിച്ച് അങ്ങനെ കൊടുക്കാം ഇനി അത് വർദ്ധിപ്പിക്കണം വലിയ അല്ല സക്ര എന്ന് പറഞ്ഞത് ഈ മനുഷ്യരിക്ക്ണ്ടാകുന്ന ഒരു മക്കാമെന്ന് പറഞ്ഞവരുണ്ട് അപ്പൊ എന്താണെന്ന് പറയാതോ ഈ ഭാഗ്യത്തിൽ പറഞ്ഞില്ല തുടക്കത്തിരി മക്കാമെന്ന് പറഞ്ഞു പിന്നെ പിന്നെ യഥാർത്ഥം പറഞ്ഞത് യസ്മത്തിന്റെ മക്കാമുറഞ്ഞിട്ടുണ്ട് രണ്ടാമത്ീ രണ്ടി രാ ഞാൻ ഇന്ത്യമാർ വന്ന് ഞാൻ അതിന്റെ പെട്ടതാവിൽ ഹാരത്തിന് അങ്ങേറ്റിട്ട് പക്കി തരത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ചെയ്വരഞ്ഞോ ബോധ്യപ്പെടില്ല മറ്റാമ്മ ഞാൻ വലിയ മുലാർത്തിയാണ് ഞാൻ വലിയ ആര്യമാണ് എല്ലാം തിരഞ്ഞാടാണ് ഞാൻ ഇന്ന സാധ്യ ഹാണ്ടെ ചെയ്തിട്ടുണ്ടെന്ന് ഭാവന ഇപ്പം എടുക്കുന്നുണ്ട് ഇന്ത്യമാറിന്റെ ഹാരന് വന്നു കഴിഞ്ഞാൽ കാര്യം ബോധ്യപ്പെട്ടു ഹാഡൻ നഫ്തി നട്ടസിന്റെ ഹാരം എനിക്ക് ബോധ്യപ്പെടലാണ് പക്കറിലായി അവക്രമത്തിന്റെ ഹാരി യക്രമത്തിന്റെ ഹാരം കഴിഞ്ഞാണ് പിന്നെ തോബയിലേക്ക് കടക്കാൻ പോകുന്നത് ടോബന്റെ അറുപത്തിലേക്ക് കടക്കാൻ പോകുന്നത് അവിടെ ഈ പക്കീറുകൊണ്ട് ഉദ്ദേശം ഏതാ ഒന്നെങ്കിൽ ഇങ്ങനാക്കണം അതല്ല ഈ ഫീറ് സോഫിംഗിയെന്ന് പറഞ്ഞിട്ട് രണ്ടും പകുതികളിലല്ലോ ഫീറ് സോഫി ഈ പത്യീ റൂസു ആ മൂന്ന് ചിലപ്പാണ് പക് ആണോ പീറൂ സോഫിയും ഒന്നാണോ എല്ലാ രണ്ടും രണ്ടാണോ രണ്ടും ഒന്നാണെന്ന് പറയാനും സോഫിയാണ് സോഫിയെല്ലാം പത്തീറു മുസാബിയാകുമ്പോൾ ഞാൻ ഇതെന്ന സൂചന പ്രാർത്ഥി എന്ന് പറഞ്ഞ സോഫിയാകളുടെ ആധാബോട് സംബന്ധിച്ച് ചോദിക്കുന്ന മനുഷ്യ എന്നായി സോഫിയാത്ത തലീക്കും അതിലൂടെ ആധാബോടെ സംബന്ധിച്ച് ചോദിക്കുന്ന മനുഷ്യർ രണ്ടും തുല്യാക്കിനാണെങ്കിൽ അല്ല രണ്ടും രണ്ടാമത്തെ വെക്കുമ്പോൾ ഒരു ഹിതാബുണ്ട് ഫക്കീറാണ് സൂഫീനാക്കണ ബിരുദ് മറ്റൊന്ന് ഫക്കീർന്നാക്കണ ബിരുദാന്നാല് സൂഫിയൻ രണ്ടുമോന്നല്ലേ അപ്പൊ ഇവിടെ നമ്മൾ ഏത് വെക്കണം ഒന്നിക്കിൽ മുസാബിയാണെന്ന് വെക്കണം എന്നാലേ സൂഫിയത്തിന്റെ മക്കാമിനെ പിന്നെ ചോദിക്കുന്ന ആണ് അർത്ഥം കിട്ടുള്ളൂ അല്ലെങ്കിൽ ഫക്കീർന്നാക്കണ വലിയ വർത്ത പേരുള്ള അല്ല സൂപ്പിനകത്താണെ വലിയ വളർത്ത പേരുള്ള പക്കീർ എന്ന് വെച്ചാല് വലിയ താഴെ ചോദിക്കലാ അല്ലെങ്കിൽ താണേന്ന് ചോദിക്കലേ മൂന്ന് ഒന്ന് പക്കീറോന്ന് സോഫിയും ഒന്ന് രണ്ട് പക്കീറ് വലിയതെന്നും സോഫി ചെറുതും ഒന്നും അങ്ങനെ വച്ചാൽ നോക്കുന്നുണ്ട് അല്ല പത്തീറ് ചെറുതും സോഫി വലുതുകാണെങ്കില് നമ്മൾ താണ താഴത്തേക്ക് ചോദിക്കലേ ചെയ്യും വാറ്റു ചോദിക്കലാന്നില്ലല്ല അതെ നീ ചോദിച്ചത് ീർ കിതാബിൽ കൂടി തഹരീറാക്കി പറഞ്ഞതോടെ തന്നെ തൊണ്ടിട്ട് വളരെ അതീതായ കാര്യമാണ് അത് കിതാബിൽ പറഞ്ഞോടൊന്നും കാര്യമാവില്ല അത് പ്രാവസ്ഥയമാക്കി കൊണ്ടുവരേണ്ട കാര്യമാണ് പക്ഷെ ഇന്ന് ആരാ മനസ്സിലാക്കുന്ന ആളുണ്ട് വളരെ അതീതി സാധനം വാങ്ങി ചോദിച്ചത് എന്ന് പറഞ്ഞു ആയിക്കാൻ നമ്മ കൊണ്ട് വായിച്ച അങ്ങനെ വായിക്കാം ആ അത് അപ്പൊ സുന്നത്തിന്റെ ജമ്മായി എന്താ തുന്നത്ത വലിയ തരീക്കൊക്കെ തോന്നാണ് മാർഗം കൊണ്ട് തെനൻ എന്ന് വായിച്ചാൽ അത് മുപ്രതാം ജെമ്മദാം വിമാന തരീർക്കിന്റെ മാനാസിലെ അല്ലേ ഓ എന്തും ഇവിടെ സഹി ആവും പക്ഷെ അവലോകി വേറെ പറഞ്ഞു ഫീർ എന്ന് പറഞ്ഞാരാ വൻ ഫീറോ ലോകത്തിൽ ഫക്കീറാരുന്നു ദാരിദ്ര്യമുള്ള ഇത്തിലായിരുന്നു ചിതുക്കിന്റെ ആയിക്കൊണ്ട് ചിരുക്കുന്ന കൺഫിലുള്ള ഒരു കാര്യത്തിലാണ് ചുരുക്കുന്നത് അപ്പൊ വാഹിൽ എന്താണോ പ്രകടമാക്കുന്നത് അത് എന്റെ വാട്ടിൽ ഉണ്ടാവുന്നതാണ് ചിരുക്കുന്നത് ഇതാണ് വിചാരിക്കുന്നത് എനിക്ക് വലിയാകുന്നു വലിയാകറയുന്നു വാഹിൽ പ്രകടമാക്കുന്നത് അത് എന്റെ വാതിൽ ഉണ്ടാകണം നിഷക്കൊന്നും ഉണ്ടാകുമ്പോൾ അപ്പൊ കാര്യബോധം ആ ചിരുക്കിന്റെ വിശാചം വല നിന്നിട്ട് കുറച്ച് സത്യം പറയാനല്ല ഉദ്ദേശിക്കുന്നു ഉള്ളി തട്ടിക്കൊണ്ട് തന്നെയാണോ എന്ന് പറയുന്ന ചോദിച്ചിട്ടുണ്ടല്ലോ ആ ആത്മാർത്ഥത പോണ്ട ആ നിയമരായി നിന്നുകൊണ്ടിട്ട് ഹനെ കൊണ്ട മുത്തവജിഹെന്ന് പറയുമ്പോൾ തന കുറവ് നാളെ അതുകൊണ്ട് മുത്തവജി അമ്മ താലിക്കേണ്ടാവുന്നുള്ളു ഓണിക്കല്ലേ തവജുഹ് മറ്റേ മുവാജത്തല്ലേ അള്ളാഹുവിന്റെ വക്കലിൽ നിന്ന് കഷ്പം കുത്തുമുഹാത്തിന് ഇങ്ങോട്ട് വരുമ്പോൾ മുവാചകത്താണ് ഉണ്ടാകുന്നത് ഇവൻകുമുണ്ടാണ് തവജ്ജുഹാദ് അപ്പൊ മുത്തബജിഹിന്ന് പറയുമ്പോ താരിഖിന്റെ വക്കാ മാറുന്നത് അപ്പൊ സോഫിനാണ താരില്ല അന്നാഹുവിന്റെ വക്കൽ നിന്ന് അതിന് നിങ്ങൾ തുറന്നു കൊടുക്കുന്ന സമ്മാനങ്ങളുണ്ടല്ലോ ഇതെന്താ മേര് മുവാ ഇങ്ങനെ അങ്ങോട്ട് അന്നാവിനെക്കോട്ടെ ഇവൻ സമർപ്പിക്കുന്ന പ്രയത്നങ്ങൾക്ക് എന്താ പറയുക ഇവിടെന്താ പറഞ്ഞാൽ അൽ മുത്തു ഹക്കിലേക്ക് തവറ്റാണോ എന്ന് പറയുമ്പോ താഴ്ച അർത്ഥം വന്നത് അല്ലേ ആ ആരാധി സാത്തി ഇവർ എത്തേണ്ടെന്ന ആരംഗത്തേക്കുള്ള സ്ഥിതിക്ക് വലിയ കുട്ടിവെയ്യാ തടമുത്തൽ ഉറച്ചിരുന്നുണ്ടല്ലേ കന്ന് പറയുന്നു അൽ ഫീർ എന്ന് പറഞ്ഞാൽ അല്ലോ അദ്ദേഹത്തിന് മിൽക്കാത്ത ഒന്നുമില്ല അദ്ദേഹത്തിന് വേറെ ആരും മിൽസാക്കുകയും ചെയ്യൂല ആര് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയില്ല ആരും അല്ല െ പറ്റി പറഞ്ഞു അല്ലേ നിങ്ങനെ പറ്റി ചോദിക്കുമ്പോൾ മാത്രം കാറ്റിന് വയ്ക്കുന്നതാണല്ലേന്ന് തന്നെ ചെറിയ പറഞ്ഞില്ലേ വനാറു കാണൂല്ല ഇപ്പോൾ അവർ അകപ്പെട്ട ആ വക്കത്ത് എന്താണോ ആ വക്കത്ത് ആ വക്കി എന്താണോ അല്ല ഇപ്പന്നെ നിർത്തി വര ഇല്ല നിർത്തിയതെങ്കിൽ എന്റെ വക്കെന്താന്ന് ഞാൻ തബറ ഇന്ന് വാങ്ങിച്ചു വേറെ ഒന്നും വേണോന്നില്ല കഴിഞ്ഞ എന്താണെന്ന് അവർ ഇപ്പോ റഹാ ഇല്ലാ നിർത്തിയതെങ്കിൽ എന്റെ മുഖത്തെന്താണ് ശുക്രന്റെ വക്കത്താണ് അപ്പം ഭാവിയിൽ എന്തുണ്ടാവും നോക്കണ്ട ശുക്രം ഒന്നാണോ കമലിലാണെങ്കിൽ കടന്നു കടലിന്റെ വളിച്ചു നിൽക്കുന്നതെങ്കിൽ ബസിന്റെ ഉള്ളു അപ്പൊ അതാത് വക്കത്തിൽ ആകടമാകുന്ന എന്താണോ അത് മാത്രമാണ് ഇവടെ കണ്ണൂറ്റിലുള്ളത് വേറെ ഒന്നിനും വിൽക്കൂല്ല അവസരത്തിന് വേറെ ആക്കി മായ പക്കടല്ല ഉദ്ദേശിക്കുന്നു പക്കർ എന്നാ സുഹൂ നോക്ക് ആരല്ലത്തിൽ പക്കറും ഞാൻ ഇരുന്നിനും അന്നും സായ അങ്ങന്നൊട്ടെല്ലാം വളരെ പാകത്തിലാണ് ഇതിൽ മാറ്റം വന്നേ പറ്റൂ എന്നുള്ള നിലപാട് വന്നാലേ എന്തൊരു തസടി കിടക്കുള്ളൂ ഈ തക്കത് കൊണ്ട് തന്നെയാണ് തിമാമുഹോ തത്തവത്തിന നിലനിൽ പോയാണ് അപ്പൊ പക്കതപ്പം മുട്ടുവത്തവട അവസാനിച്ചു പോകും എല്ലാ ഹരത്തിലും വരണം കരണ്ടല്ലോ ആര് അതുകൊണ്ടാണ് പേര് തിരിയുന്നത് ആ തിരിച്ചെല്ലാം നിലനിൽക്കുന്ന കണ്ണമ തന്നെയാണല്ലോ മൂന്നാം നമ്പർ വകാലുഹു സോഹ്രീമാമല്ലാത്തവർ പറയുന്ന ആൽ തപ്പുറവും മഹജൂറ ക്രെന്നുള്ളത് എല്ലാവരും കൈപടിഞ്ഞെടുത്തി ആരും കിട്ടാൻ കുളിക്കാറില്ല അതേ അവസരത്തിൽ കിട്ടിയ നല്ല സാധനമാണെന്ന് പറയുന്നു സാമ്പത്തിക പക്രല്ല ഉദ്ദേശിക്കുന്നത് കേട്ടാ ഇതിലു പറഞ്ഞ മാതിരി നൂതിയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൈപടിഞ്ഞാണ് പക്ഷേ ശരിയായ പൂതിയത്ത് കിട്ടിയ ഇത് പോലല്ലല്ലേ സാമ്പത്തികമിന്നിബാ എല്ലാ പ്രകൃതിയും അതിൽ നിന്ന് പണിഞ്ഞിട്ട് പോകും റിപ്പോർട്ട് നെഫ്റ്റുകളെല്ലാം അതിൽ നിന്ന് ഓടി ഒളിച്ചു അതാണെങ്കിലോ അള്ളാഹിന്റെ മുമ്പിൽ ഒരു അതിഥിയെ പൊടി ചിരുത്തുന്ന പലതും ഉണ്ട് ആ അസ്ബാബി ഒരു സബാബാണ് ഇത് പക്രുന്ന പക്ഷെ പണ്ടാത്ത തന്നിരിക്കും എന്തോന്നു അതിൽ ഞാൻ ഇറച്ച സക്കീറാണോ സൂഫിയാണോ അബി ല ണോ മൂന്ന് ഷിരാഫ് ഉണ്ടാവില്ല അപ്പോ ഫക്കീറാണ് അഭിനാദി സോമിനാട്ട് ആണെന്ന് പറയുമ്പോ ഫീർ വരികയാളെ എന്താ പറയുന്നത് ഞീർന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ മാലം തബി ബഫീയത്തിൻ അയാൾ നെഫ്സിന്റെ ഒരു ബഫീരത്തും ബാക്കിയായിട്ടില്ല അത്രത്തോളം നെഫ്റ്റിൻ ഒന്നുമില്ലാത്ത ആളായിപ്പോയി നെന്റെ എന്ന് ചെറുത്ത് പറയാവുന്ന നെഫ്സിന്റെ സിഫാതെങ്കിലും ആ ബഫീത്ത് പോല പ്രക്രൂത്തിനോട് നല്ലവണ്ണം ചോദിക്കുന്ന ഏതാണെന്ന് ഇല്ലായ്മയാണെങ്കിൽ ദരിദ്രനല്ലേ അപ്പൊ ദാരിദ്ര്യം നത്തിന്റെ സിഫാഹത്തിന്റെ ബഫീയത്ത് പോലും ബാക്കിയാവാത്ത ആള് എന്ന അർത്ഥം വരികയാണെങ്കിൽ സൂഫിനാണ് വലിയ കടയിലെന്നൊരു ഫീറാവേണ്ടതെന്ന് പറയുന്നത് അങ്ങനെ ആ ബീതൊന്നും ബാക്കി അയക്കുക എന്നില്ല അതൊരു തോൽവി അവന്റെ മുഴുവൻ ഹാരുകൾ തെളിഞ്ഞു അവൾഫ്റ്റിന്റെ ഒരു കതറുപ്പില്ല വലം കദറും കതറും ഇല്ല അവിടെ ബാക്കിയില്ലാതെ വന്നു അപ്പൊ അങ്ങനത്തെ ഒരു ഹാരാരിക്കില്ല സഫിന്നില്ല ആണ് സൂഫിയെന്ന് എന്നാ വത്തഹ് നമുക്ക് അന്നൽ പൽ മുതവജ് കൊണ്ട് മുതവജ്ജി ആണ് പത്തിയത് നമുക്ക് നോക്കാറുണ്ട് അല്ലെ അന്മാറൽ മുബാചകത്തി മുവാചകത്തിന്റെ അന്മാറു വെച്ചത് കിട്ടിയൻമാറച്ചാണ് അത്തരം നോക്കുമ്പോൾ ആരാ ഈ പത്യൻ കോപ്പിനെ താഴെടൊപ്പൽ പത്തിയത് എന്നാണ് വരേണ്ടത് ഇതുകൊണ്ട് എന്ന സ്വപ്ന ഭാഗത്തിലായിരുന്നു സാധിക്കുമല്ലോ പ്രശ്നം എന്താ സമത്തിന്റെ അഭി ബോധവുമല്ല അധുനെന്താന്ന് വസുന്റെ മഹത്വത്തിന്റെ ഒരു ബാഹ്യല്ല വസതി എന്ന് പറയും പ്രേമ പ്രേമ അതിന് പുറം ഇന്ന കായിമത്തില്ലാതെ കണ്ട് കൂടിച്ചുകൊണ്ടിരിക്കുന്നു പ്രേമകത്തിനോടല്ല വസതി എന്ന് പറയും ബോധവത്യത്തെന്താന്ന് വർദ്ധനപ്പെട്ടാന്ന് പറയും അതിന് ഏതോ ഒരു മാഗോബിനെ സങ്കല്പിച്ചുകൊണ്ട് മാഗോവിന്റെ മേൽ തന്നെ ശ്രദ്ധ പതിപ്പിച്ചിട്ട് പാട്ടുപാടിനെ പതിരേതൽ പതിനുവായി വന്ന് ഒന്നിനറിയില്ല കയറി അറിയിക്കൊണ്ട് തുലുവക്കാൻ വേണ്ടി മറ്റൊരു മക്കാമ്പിലേക്ക് എത്തും അല്പസമയം പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരും രാവിലെ ഒരു പദവി എത്തിയിട്ടുണ്ടാകും വൈകുന്നേരം ചിലപ്പോൾ പിടിച്ചു കഴിയാണ്ടു ഇങ്ങനെ ഒരു അവസ്ഥ അയച്ചിട്ടുണ്ട് അതിനാ പറഞ്ഞു പത്തിയറുണ്ട് اصْطَبِقُوا لِلنَّعِيمِ فِتْرَاءَ وَلِذِكْرِ رَبِّكُمْ فَأُبِيدُوا وَارْجِعُوا إِلَى <سؤال> رَبِّكُمْ فَإِنَّهُ رَبٌّ غَفُورٌ رَحِيمٌ وَلَا يَسْتَوِي الْغَنِيُّ وَلَا الْفَقِيرُ وَمَا أَنْتَ بِمُصَدِّقٍ لِكُلِّ شَيْءٍ وَمَا سَمِعْتَ مِنْهُ مِنْ شَيْءٍ فَإِنَّهُ لَا يَسْمَعُ الْأَفْوَاهَ وَلَا يَأْتِهِ الْأَذَى مِنْ أَحَدٍ وَمَا هُوَ بِذَلِكَ كَرِيمٌ وَلَا يَسْتَوِي الْغَنِيُّ وَلَا الْفَقِيرُ وَمَا أَنْتَ بِمُصَدِّقٍ لِكُلِّ شَيْءٍ وَمَا سَمِعْتَ مِنْهُ مِنْ شَيْءٍ فَإِنَّهُ لَا എന്നാലോ പല ആ നസീബ് വന്നിട്ട് ഭംഗിച്ചു ഇങ്ങനെ പല അവസ്ഥകളും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് എന്താ ഒരുപാട് ഔസാബാറുണ്ട് സൂക്ഷിക്കൊണ്ട് ഈ അങ്ങനെ നോക്കുമ്പോൾ ഈ തരീത്തിൽ തരീത്ത് തന്നെ ഉള്ള ആളാണ് െ അപ്പൊ പനിയായുൽ ഫീർ ബക്കീരന്റെ അച്ഛൻ അക്കി പിതാത്ത സൂപ്പിനി പിതാർത്വമാകുന്ന ഒക്കുമ്പോ സൂര്യൻ്റെ എഴുതിയാണ് ഒന്നാറു ആരം മൂപ്പർ ഒന്നാം പുറത്തേക്കാ പോയത് ബക്കീര മൂന്നാമത്തീരമായും വാച്ചടുത്ത് വന്നത് എന്തെങ്കിലും അങ്ങനെ വെക്കുമ്പോൾ ബാഹികൾ മുത്തഞ്ചും ഈ മുത്തഞ്ചിപ്പിന്റെ ബാഹീർ അതാന്ന് വെക്കണം അല്ലെങ്കിൽ എന്താ താണവർത്തവീറും സൂപ്പി ഒന്നാമെന്ന് വെച്ചാൽ എന്താ നടക്കുള്ളൂ അല്ലെങ്കിൽ താണാർത്തവെപ്പറ്റി അന്വേഷിക്കുന്ന ആളുണ്ട് അതാണ് ഈ മവാവ്യമിങ്ങാഥൻ കിതാബ് ഈ കിറ്റാബിലെ പല സ്ഥലത്തും പത്തിയത് പത്തിയത് പത്തിയത് ഒരു പറയാ സുഹൃത്തിക്ക് മസാബിയ അർത്ഥം വെച്ചു കൊള്ളണം കാരണം അല്ലെ താണവർത്തം പറഞ്ഞോ ശരി സുരനിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ എന്താ സുറുപ്പുകളിലെത്തി യെസ് ഇവന് പ്രവേശിക്കുവാനുള്ള ശരീരങ്ങൾക്കാണ് സുരൻ അതിപ്പോ ജമാക്കുമ്പോ അങ്ങനെ സുറുക്കും ജമ്മാക്കും ഇവൻ മുറുകിടിക്കാനുള്ള ആദാബുകളുമാണ് എംബാകും പന്ത്രം കുറേ ആധാപനെ കുറിച്ച് അന്വേഷിക്കുന്ന ആളായി അവൻ ഒറ്റ മാർഗത്തിൽ അന്വേഷിക്കുന്നതല്ലേ ആവുന്നുള്ളൂ എപ്പോൾ പതി ആവശ്യമായ സുറൂത്ത് ആദാപുരൻ വള്ളവീൻ എന്നുക്കും അന്നേരം ഉറക്കാവുള്ളൂ ഇനി പ്രവേശിക്കേണ്ട സുറൂത്ത് ചെയ്യേണ്ട സുറുക്ക് അതിൽ കൊണ്ട് നടക്കേണ്ടതും എന്താ സുഹൃത്ത് അമ്മ സുഹൃത്തു പെട്ട് ചർത്തക്കണം ആരാണെങ്കിൽ ആണെങ്കിൽ പച്ച സാധൃതവാളതാ ഓന്നിരിക്കുന്നു ഒന്ന് ഒരു ലക്ഷ്യം വെക്കണം ഒരു ലക്ഷ്യത്തിന് ഊന്നിട്ട് അല്പം പോലും ബുദ്ധിമുട്ടില്ലാത്ത ഒരു കസ്തു സ്ഥിതിപ്പ് അതിലൊരു സ്ഥിതിപ്പ് ഉണ്ടാവണം എന്നുള്ളത് ശരിക്കും തന്നെ മനസ്സിന് ഉള്ളിലായിട്ട് ശരി അതുപോലെ ലാഹിറായ പ്രവർത്തനം അതിന് ഇവരുടെ ഉള്ളിലുള്ളതാണ് അവന് ഒഴിവിട്ടി വീട്ടിൽ ചെയ്യൂലെന്നുള്ള കാര്യത്തിൽ മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ പ്രവർത്തനങ്ങളെ കൊണ്ട് സാക്ഷീകരിക്കപ്പെട്ട സ്ഥിതിക്കുണ്ടാവണം രണ്ട് മഹാതാപം മറന്നില്ല ീരിൽ പൊരുത്തപ്പെടാവുന്ന ഒരുപാട് ആധാറുകൾ വേറെയും പാടും അത് വയ്യ ചില്ലറയാക്കും പിന്നെ അഹബാദൊരു പരിശുദ്ധമായ അപാട് വേണം അവിടെ ലക്ഷത്തിന്റെ ചിന്താധികള് പറ്റൂലെ കൈപ്പത്തി പറ്റൂല വാർത്ത പറ്റൂല അങ്ങനെയുള്ള ഗതിയായ അണുബാടുകൾ വേണം അലയാതൊരു ഹകുമത്തി കുകുമത്തിനെ കാത്തു സൂക്ഷിക്കാൻ അത് കുറെ വിശാലമാണ് ചേരന്റെ കുടുംബത്തെ കാത്തു സൂക്ഷിക്കാനുണ്ട് ബഹുമാരികളുടെ കുടുംബത്തെ കാത്തു സൂക്ഷിക്കാനുണ്ട് മദിനിശന്റെ കുറുമത്ത് ഒപ്പാലിച്ച് പഴയുടെ വസ്തുക്കളുടെ കുറുമത്ത് വക്കത്തിന്റെ കുറുമത്ത് ഇങ്ങനെ റൂർബത്തിൽ ആസ്വദിക്കുന്ന താതികമാണെന്നു പറഞ്ഞ ഇന്ത്യയിലാണ് ഹസ്സിനുള്ള ഹിനിമ മറ്റത് ഹെദുമത്തിന്റെ ഹസ്സൽ ഹിദുമത്തുണ്ട് ഹിസ്വാനികൾ പരസ്പരമുള്ള ധിരുമത്തുണ്ട് ദീനിലുള്ള ഹിദുമത്ത് ഉണ്ട് ഹിദമത്ത് പലതരത്തിലുണ്ട് അത് ഹസ്സിനുള്ള സിനിമ ഹിമ്മത്തിന്റെ മനുഷ്യന്റെ ചിന്താഗതിയുദ്ധത്തേക്ക് പതിയല്ല ഹിമത്ത് എന്ന് പറയുന്നത് അത് താണതാതരത്തിലേക്ക് പതിഞ്ഞാകും താണ ഹിമത്ത് മായ സ്ഥാനിട്ടാലോ കപ്പിൽ നിബന്ധി അപ്പൊ എനിക്ക് ജവാബ് അതിനൊന്നും അല്ല വേണ്ടത് ജവാബ് അതിന് കൊടുക്കുന്നതാണ് വേണ്ടത് എന്റെ സൽസമയിലും പട്ടു പത്തി കിടക്കിയും കണ്ണിനും അല്ല വേണ്ടത് വന്നാതിയോ എന്ന് പറഞ്ഞിരുന്നു അപ്പം മകണ്ടത് മകാസറിലേക്ക് അത് കയറാൻ പോകുന്നു അജീമ അജീമത് കുറച്ച് കാരണം പെട്ടെന്നായ യും ആദാപറിയ അപാറും ശരി ആദാബന്ധക്കെ ആദാബോംശത്താണ് പറഞ്ഞാൽ എന്താ സാധാരണ ഇവന്റെയും ഉന്നതമായ പദവിക്ക് നിരക്കാതെ ഹർദങ്ങൾ കണ്ടു ജോലിക്കളിയ സ്ഥാനമാരങ്ങള് കേളി വീഴ്ത്തി മാറി റതൽ മുറുകി എന്നാണ് ഇനിയും പറഞ്ഞുകൊണ്ടെന്നാണ് ഒന്ന് ജാത് ഇത് പറ്റുന്ന ആവശ്യത്തിൽ കഴിഞ്ഞ മുതലേ ആവശ്യമില്ലാത്ത പൂത്തു കിട്ടണം ഇന്ന് ചെന്നാനോട് ധീരനും ആവുഷത്തിന് സംസാരിക്കേണ്ടി ഒരു പൂത്തുവിടണം അത് മാത്രം അത് തന്നുകൊണ്ട് മതിയെങ്കിൽ ബാക്കി കളിയാണ് ആവശ്യത്തിനോട് ചെറിയൊരു ജാഗ് പോണം അത് വച്ചിട്ട് ബാക്കിയൊരു ജാ വേണ്ട പ്രസിദ്ധി പെട്ട ി അതിന്റെ കഥാക്ക് കഴിഞ്ഞാലുള്ള മാതി വേണം അത് കഴിഞ്ഞ ബാക്കി എന്ന് കുറിച്ചറിയാം ഈ മൂന്നെണ്ണത്തിലാണ് അലഹുല്ലാന്ന് നടക്കുന്നത് പിന്നെ ദുൽജിതാ അത് വളരെ പ്രസിദ്ധമാണല്ലോ പിന്നെ ദുൽജിത്താറ എന്ന അവസരത്തിൽ രണ്ടേദി ഞാൻ ഹിന്മാലൊന്നും കൊള്ളാത്ത ആളാണ് ഞാൻ അമലാൽ ഒന്നും കൊള്ളാത്ത ആളാണ് കണ്ടാലും എന്നെയൊക്കെ വലിയ ആളാണ് ഞാൻ ആരുന്നാണ് ആയ ബോധനം അതായത് മുപ്പറാമിന്റെ കുജാത്തിന്റെ മുതൽ പറഞ്ഞില്ല അതായത് മൂപ്പ ശിഷ്യന്മാർ അനിയ ആളെ കണ്ടാൽ ഒപ്പം ചെറുപ്പം അത്ര വലിയ തവാ നന്നു പറഞ്ഞ അടമത്തിന്റെ ശുഭത്തിന്റെ മുമ്പിൽ മുമ്പിൽ കൂടിപ്പോയതാണ് അപ്പൊ അടമത്തിന്റെ മുമ്പിൽ ആനത്തിന് പതിയിലൂപ്പത് ശിഷ്യന്മാരുടെ പറഞ്ഞ ആളേക്കാൾ മുപ്പത് ആളുകൾ ാണ് വേണ്ടത് പിന്നെ മദൻ ഈസാർ എന്ന് പറഞ്ഞാൽ മദുനെ ദാനം എനിക്ക് കൊടുക്കരുത് ഊർജ്ജം കൊടുക്കലും ഉണ്ട് സമ്പത്ത് കൊടുക്കലും ഉണ്ട് നിലമ്പത്ത് കൊടുക്കലുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തം ആവശ്യമുള്ളതോടൊപ്പം തന്നെ ബാറാക്ക് ഉപയോഗിക്കുകയാണ് അപ്പൊ ബദനാക്കാൻ കടുപ്പ് പറയലാണ് ഇത് ഈസാർ പണ്ട് ഇപ്പൊ കകാലി വോജിച്ചത് ഒന്നുണ്ടായി അല്ലേ നാടിപ്പൊ സ്വഹമ്പത്തല്ലതന്മാരായ ആര് സ്വലപത്ത് പാടും ഓ മറ്റുള്ള കൂട്ടി വിട്ടു പോകണം അപ്പൊ മതിബോധി തോറ്റ മറ്റടുക്കാർ അമ്മാവിന്റെ താഴ്പിനും മറ്റുള്ള അടുക്കാറും പിടിച്ചു നോക്കുന്ന വിഷയത്തിൽ ഗഴിവിന്റെ പരമാവധി ചില ഭാഗം അത് പൂർണ്ണയിൽ എത്തിക്കാൻ എനിക്ക് വെല്ലുവിളം പൂർണ്ണ കത്തില്ലല്ലോ അത് മതിബോധം അത് കഴിവിന്റെ പരമാവധി അത് ചിലവാക്കിയ സമയം കൃത്യസമയം പറയാൻ ഇരിക്കുക അമ്മ ഓരോന്ന അമ്മൽ ശനിയായ കസ്തു ആദ്യം പറഞ്ഞിട്ട് അതെന്താ ൂന മൊറാദോ മിത്രോപോലി സ്വലപത്തിൽ ഒരുപത്തില്ലായിരുന്നു എനിക്ക് കൂട്ടിപ്പിടിക്കും സ്വരൂപത്തിൽ ആരും അപ്പോ ഒരു ഷെയ്ഖിന്റെ സ്വരംഭത്തിൽ പ്രവേശിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ മൊറാദ് ആപണം സഹോദിക്ക അപോധിക്കത്തിനെ സഹസിക്കാത്തവരാണെന്നാൽ ഇന്നാളെ മീഡായി ഇതിന് ബോധിച്ചെടുക്കുക അയാളെ കാലശേഷം അയാളെ കൊയ്തന്നെടുക്കത്തിൽ അറിയപ്പെടാം അത് കിട്ടൂല ശരിയായി അകുദാവി ജീവിക്കാനുള്ള ഒരു ചികിത്സാ മാർഗം മാത്രമേ ഗെല്ലാം വിട്ടിട്ടുള്ളൂ അത് ഞാൻ ചെയ്യ റബിന്റെ കൊടുക്കാനുള്ള വളമായിട്ട് നിലനിൽക്കുന്നു അതിലെ പരസ്പരം ബന്ധപ്പെട്ടില്ല അതും സാധ്യമാവും ഭൂരി നിലനിൽക്കുമ്പോൾ ഉപമിയത്തിന്റെ നേരക്കുള്ളത് നാടാകും അപ്പൊ എന്ത് പറ്റില്ല ടൂരമാതിട്ടതും ബച്ചൂല മകാമാതീന്നുള്ള ആ അതും ബച്ചൂല ഒരാൾക്ക് റജാത്തിന് കട്ട് കൂട്ടിപ്പിടിക്കുന്ന ബ്രഹ്മന ഒരാൾ തുറന്നു രസാനീയത്തെ കണ്ടില്ല രണ്ട് സിതുക്കല്ലേ പറഞ്ഞത് വന്ന സിരുപ്പ് പത്മുദിന ആ തസ് ആ തസ്തിക്കും വിശപ്പിലും കൊണ്ടു നോക്കിയിട്ട് എന്തോ ഇവിടെ ഉദ്ദേശിക്കുന്നത് സാധാരണ സിതുക്കല്ല നോക്കാവിനെ കൊണ്ടു കൊടുക്കണം വെറു എങ്ങനെ കൊണ്ടുപോകുന്നു അതാണ് അമ്മ തള്ളി നല്ലത് ില്ല ചെടുക്കുന്ന പതിമൂറാതീ മൂലം ഇവിടെ ഉദ്ദേശിക്കണം മറ്റുള്ള സ്ഥലത്ത് ഉദ്ദേശിക്കുന്നത് ആ എന്തും വാർത്തിണോ ഇരസ്ഥ എഴാ പിന്നായി നമ്മുടെ പറയുന്നത് ഇരസ് എന്ന് വല്ല്യ എഴാറ് പിൽമുഖരിതവാറു പ്രകടമാക്കുന്ന എന്താ ഒരു സലാഹാണോ അതേ സലാഹിന് നിലനിർത്താൻ പറ്റിയുള്ള അതി അവസ്ഥക്കാണെന്ന് പറയുന്നു ചെതുക്കെന്ന് പറഞ്ഞു അങ്ങനെ ഓ ചെതുക്കോട് വിജയിച്ചു എന്ന് പറഞ്ഞു ചെതുക്കിന് ഏത് ഭർത്തവായിട്ടിരിക്കുന്നുണ്ടല്ലേ ചെതുക്കൾ മക്കാലുണ്ട് ചെതുക്കൾ ഹാലുണ്ട് ചെറുക്കൾ വപ്പാകില്ല ചെറുപ്പം മക്കാലാവുമ്പോ മസാലത്തിന് ഉള്ളതേ പറയാവും പ്രകടമാക്കും മനുഷ്യൻ ഉള്ള ഇല്ലാത്ത പ്രകടമാക്കാൻ പാടില്ല ഞാൻ പുറത്തു ഉള്ളിലേക്ക് സൂചി കഴിഞ്ഞാൽ സുഹൃത്ത് പ്രകടമാക്കുന്ന ആളാല്ണ്ട് ആളും പപ്പാന്നുമില്ല അത് ഇന്നത് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നേണ്ടത് തീർച്ച പപ്പാവ പണമുണ്ടെങ്കിൽ ഞാൻ ധർമ്മം ചെയ്തുവര് എന്തൊരാണ് പക്ഷെ പണം ഉണ്ടായി നോക്കുമ്പോൾ ആരൊന്നും പഠിക്കുന്നില്ല അവന്റെ പപ്പാവിടെ അതിന്റെ മേഴ് മക്ക ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ തസ്തിയും ബിസി ഫുസോസിയെ താകുന്ന സിബ് നൈതാപത്തെ പചാനിയാണെന്ന പണ് ഇനി പറഞ്ഞിട്ടുണ്ട് ഇവിടെ പതി തന്നെ യാണ് ചിന്ത അന്നാദവിന്റെയും അതത്തിന്റെ ഒഴുക്കി നടക്കുന്ന ഒരു സാധന ആ കുസൂസിയും രണ്ടാം ഒന്ന് വിരായത്താണ് മറ്റൊന്ന് രൂപത്വമാണ് രൂപത്ത് അധ്വാനം കൊണ്ട് കിട്ടൂല വിരായത്തോ അധ്വാനിച്ച് കിട്ടുന്നത് നന്നാവോ അകത്താറ്റി വിട്ടു കൊണ്ടു വിരോഗമില്ല ആ ചിത്സൂസിയത്താകുന്ന ചിർവ് ഇല്ലാത്തത് ബയാനിയാക്കണം എന്ന് എങ്കിലും തന്നെ ഓർമ്മണ്ടത് അപ്പോ ഈ ഫസൂസിയത്തി എന്ന ആ ചെന്തുണ്ട് ആര് ഇന്ത് മണി ചെന്ന് അപ്പൊ ഒരു സ്വന്തം നേട്ടത്തിൽ ചെയ്യേണ്ടതാണോ അത് എൻ്റെ എനിക്ക് വേർക്കൊന്നും ഇല്ലാത്ത ചിന്ത ഉണ്ട് അപ്പോ എന്റെ ചേർന്ന് വലിയാണ് എന്നുള്ള ആ സത്യം ഉണ്ടാവണം എന്നാലും യാതൊരു ഓരോ വർക്കും സ്വന്തം ഈ തുറയിൽ ഓരോ വകുപ്പാണ് ഗ്രഹം ഉണ്ടാവില്ല ഓർമ്മ ചെന്നൈ യാക്കും എന്നിട്ടാ കൊത്തേ സ്വന്താണ് ഇല്ലാതൊക്കെയാണെങ്കിൽ പിന്നെ ഈ ജൈമാന ഗുജറാത്തിൽ നടത്തിയിട്ടില്ല ില്ല അപ്പൊ ആദ്യം ഈ ലോകത്തിൽ ഇവിടെ ഈ പിന്തിരമെങ്കിൽ അവിടെ കരട് തന്നോ ഇതിന് കരണ്ടില്ലാന്നു വെച്ചു അത് ഉണ്ടെങ്കിൽ അല്ലേ ആ പിന്തിന് കാര്യുള്ളൂ ബഹു അസാസം തരീ അതൊരു സരീത്തിന്റെ അസാസ അല്ലെ ഈ ജൈഷം മുറിയിക്കാകാതെ ഉണ്ടാവില്ല അതുകൊണ്ട് പമല്ലാ ചിരുക്കടവും ഈ പറയപ്പെട്ട ശിതില്ലെങ്കിൽ ആ സഹോനിക്ക് സഹിരില്ല ഒഴവ് പ്രത്യേകിച്ച് അവധി ചെയ്ത് കസ്റ്റഡിയിൽ ആയിരം കൊല്ലം കെഞ്ഞോടി തയ്യാറില്ല ഞാൻ ഒരാളത്തന്നുണ്ടാവും ഉണ്ടാവില്ല ഇരുപത്തഞ്ചു കൊല്ലം നോളന്നൊക്കെ അറബിൻ കോളേജിലൊക്കെ ചോറ് വെച്ച് പറഞ്ഞില്ല അശിനായിരുന്നു അവസ്ഥയും ഇവിടെങ്കിൽ പ്രത്യേക പരിപാടി നടക്കുന്നുണ്ട് അദ്ദേഹം കുട്ടികളൊന്നും ഉണ്ടായിരുന്നോ അന്ന് ഇന്ന് അടുത്തിട്ട് വന്നിട്ട് അദ്ദേഹത്തിന് ചോറ് വന്നിട്ടുണ്ട് ഇരുപത്തഞ്ചു കുട്ടികൾ കൊല്ലെന്നാൽ ചിരുത്തിന്റെ മഴ അദ്ദേഹം ആണിപ്പൊത്തു ചേർന്ന് അസ്ഥിത്വതാണ് ആ ആ സ്ഥിരനെ പറ്റി അറിയലാണ് വാഹിതിൽ അപ്പൊ ഓരോരുത്തരും ഓരോ മുരിതം മാറും ഞാനിപ്പം ഈ ചിദ്ശേന അവനവന്റെ സൈസന്റെ സ്ഥിതി അവൻ അറിയും അയാൾ അതിനെ ചിരിച്ചി ആശയത്തിന് തിരിച്ചു വെച്ചിട്ടുണ്ടോ അത്തരം കൊണ്ടേക്കും അവരവരുടെ സൈസന്റെ കാര്യത്തിന് ഇത്രത്തോളം സ്ഥിതി എന്താണെന്ന് അത് സത്യം കുറിച്ചിട്ടു നോക്കിയാ അപ്പൊ ബസോസിയത് ഉണ്ട് എന്നുള്ള ആ തസ്തിന്റെ കണക്കനുസരിക്കുന്നത് ആ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കും വഹുവ അത് തന്നെ ആയിവൻ അസാമുള്ള യുസിക്കുന്നു പത്ത് ചേർന്ന് ഈ ശരീരത്തിൽ കൂടി ചെലവാക്കാനുള്ള രഹസ്യയും അത് തന്നെയാണ് കാശത്ത് അവർക്കുണ്ട് ഈ തസ്തിക ചെലവാക്കണ്ടത് ആല റോസി പത്ന അവന്റെ റോനിന്റെ മേരിലും കത്തിന്റെ മേരിലും സിവിളിന്റെ മേരിലും ഇവന്റെ മൂന്ന് വർഗമാർത്തവർ വന്നു ും തീരയെ പെട്ടൂരാട്ടുസും പതനും പോയി നെഫ്സും പോയി പിന്നെ സൈലിള്ളത് ണ്ടാകും അതുകൊണ്ട് കപ്പിലുണ്ടാകും അതുകൊണ്ടാണ് സിബിലും ഉണ്ടാകും അപ്പൊ മൊഹാന്ത ഒരു ഭാഗത്ത് മൊറാക്കബുണ്ടാകുന്ന ഒറ്റരു ഭാഗത്ത് ഉണ്ടാവും ഒറ്റ ഭാഗത്ത് സ്ഥിതിപ്പില്ലാൻ അപ്പൊ ഏറ്റാ കൈ സഹിതത്തിലാകുന്ന സിദ് കൊണ്ട് സദ്യക്കില്ലാതെ വന്നാൽ ചെലവാക്കൂല മീൻസിൻ തസ്തിക്കാരന അങ്ങോട്ട് കൊടുത്തിട്ട് ശെയ്ക്കിന്റെ തീർതൽ ഇവന്റെ വേണ്ടി വരണ്ട ചീ കരണ്ട് ചിലവാക്കപ്പെടൂലെന്നപറയും അതെന്തോ ലോകത്താണ് മല്ലാ മല്ലാ മാറൻ അതെന്തോ ലോകത്താണ് നമുക്ക് ഈ പറഞ്ഞ ആകെല്ലേ ആദാപു പണം എന്ന് പറഞ്ഞില്ലേ പത്രം പത്രം തന്നെ ഒഴിവാക്കി അല്ല ആദാപം മറഞ്ഞ് വരുന്നില്ല ആദാപം മറഞ്ഞ് വരാൻ പോന്നിട്ടുള്ളൂ ോടൊപ്പം അതവിനെ കൊത്തു പിടിച്ചാൽ പാ ഭാവിനെ കുറിച്ച് കൊടുത്താൽ മകളത്തേക്ക് കൊടുത്തിട്ട് ഒരുപാട് അവിടെ തൊമ്പ രാജ്യത്തെ പൊതു തോന്നിച്ചേക്ക് പോയി അതുകൊണ്ടെ ജനത്തെ അത് കാരണം നൽകിയ അറിയാത്തിൽപ്പെട്ട ജനരായുത്വം ും അവരോടൊപ്പം ഉദ്ദേശിക്കാൻ ഉദ്ദേശിക്കുന്ന പാന്നില്ല വിളിയോ ആരോട് പറയും അരവിൽ ബന്ധപ്പെട്ട ഈ ഗൃഹത്തെ അസുഖം അസിലൂടെ ബന്ധനോട് കുടുംബത്തിൽ വന്നിട്ട് ഒരു മാറ്റം പറയും അറിവ് കൊണ്ടിച്ച് വെച്ച് യുഗത്തിൽ തലാഹരൻ ആധാ മാതാ വിധത്തിന്റെ <laughs> <laughs> <laughs> <sed wealthy authority lawshalfít>. ി ആളുകൾ പ്രത്യേക ബാധിച്ചു കിട്ടുന്നുണ്ട് മോശത്തിന് ആരാണ് അതേപറ്റി ജീവിത വളർച്ചയായിരുന്നു മൊത്തത്തില് ആരെയാണെന്ന് ആരാക്കുള്ള പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ സൈബദ് ഗസന ഉണ്ടായിരുന്നാലും അനുവദിച്ചുമായിട്ട് സൈബർ ഗസിക്കുക നമുക്ക് അതവരുടെ ബന്ധപ്പെട്ടുപാട് വേണം ഇതിൽ നിന്ന് സത്യമാർ വേണമല്ലോ നമ്മെല്ലാം ഈ തരാതികൾ ഇരുപത് ദേവന്മാരോടൊപ്പം ആവട്ടെ വിദ്വാനികളോടൊപ്പം ആവട്ടെ അതൊരു പാലിക്കാത്തത് പഠിച്ചാൽ എന്താ സതീരം ആ ദേവന്മാരോടാവട്ടെ അദ്വാനികളോടാവട്ടെ ആ സുരപത്തിവീത്തുവിട്ടെ അവർ തന്നെ അഴപാട് മറുപടി ഇവർ ശരീരത്തിൽ അപ്പൊ ശരീരത്തിൽ മാപ്പിട്ടല്ലാതെ ശരീരത്തിന്റെ അലവാനേ ണത്തില്ല ജലിന് മൊതത്തിന് രാജീ അല്ല അതിന് മൊത്തത്തിൽ പറയാം ഇവന്റെ നാതിൽപ്പെട്ട ഒരാളെ നാഥുകൊണ്ടോ നിസാൻ കൊണ്ടോ നാദുകൊണ്ടോ ജത് കൊണ്ടോ ചെൻ ചെയ്യാൻ നൽകാം ചെലപ്പൊക്ക മിജിസാണി ഒരു നീട്ട് മൊത്തത്തിൽ ഒരു പ്രഹബാധ പറയാ مقال التقرير الذي ليست له عنواني يبريه فقط عنواني التقرير تابع لمكافاه التجاره رجال مكافاه التقرير اذهب سيروا الى حضره السلطان المقال الذي ليس له عنواني تابع لمكافاه التقرير اذهب سيروا حضره السلطان രാജ മഹാഭാവി മഹാഭാവി രാജപുര മഹാമാവിന്റെ അമ്മൂത്തിന്റെ അകലത്തിലേക്ക് ഇല്ലാതെ മുഹാലത്ത് മുഖാലത്തോടെ അല്ലാതെ അപ്പൊ ജത്തുകളിട്ടെങ്കിലേക്ക് അപ്പൊ ഷട്ട് പഴയ പണ്ടേകാലത്തെ ലക്ഷ്യാകുന്ന ശ്രദ്ധയിരിക്കാം അപ്പൊ അതുകൊണ്ട് അഭ്യാസം എന്ന് പറയാൻ പാടില്ല മുമ്പിലാദ്യിട്ടാ കമല മയാദി എന്ന് പോയി മാതാ ദൈവത്തായിരുന്ന തവല മയാദീൻ പോസ്റ്റുകളാകുന്ന മൈതാനി ഇല്ലാതെ മൈതാനിയിൽ വെച്ചിട്ട് അതിന്റെ ആശാകൾ ഉദ്ദേശം ചർവാ മൈതാനി ആ മൈതാനിയിൽ ചലവാതകളാകുന്ന ആഗാക്കൾ വഴി ആഗാക്കളുടെ തലമായി മഹാറബത്തോട് തണുപ്പ് ആവുക അപ്പൊ പൽ പൊറാതക അതുകൊണ്ട് കൂടെയുള്ള പൊറാതകം അനപാധികളുടെ ഉദ്ദേശമുണ്ടാകു എന്നാൽ ശരീരമാക്കിയ പല വല്ലതും ൂട്ടുന്നു അതെല്ലാം കറക്റ്റ് ചെയ്യണം അതേ വിട്ടു ഇതേള്ളൂ കൂട്ടുകൊള്ളു കാറിലെ യാത്ര ചെയ്യുള്ളൂ പാട്ടൂടാ ഇതും പറഞ്ഞിട്ട് രക്ത പതിവാ ഒരുപാട് അതിന്റെ കറക്ടി വന്നു അത്രയും ഇപ്പൊ നാഗിരി അതിന്റെ നാതിരി കൊള്ളുക എന്ന കഥാപാത്രം പിന്നെ പറഞ്ഞത് ും അതിന്റെ അടിസ്ഥുകളെല്ലാം കാർട്ട് കളയുന്ന കാര്യങ്ങളെല്ലാം സാധിക്കുക മറ്റന്നാളത്തെ അതും പറ്റുന്നുണ്ട് അപ്പൊ താഴെ നടന്നിട്ടാണ് കോംഗ് നമുക്ക് വിസ്സാരിച്ചാലും അവിടെ ചെന്നാൽ ഔദ്യോഗിക അപ്പൊ ഈ ജാഗി പഠിച്ചു കൊടുക്കൂടുകാണോ ചോദിക്കും അയാളാ കണ്ട് നമുക്ക് കളര അപ്പൊ ഇയാള് തുണി പറഞ്ഞു മുണ്ടെല്ലാം പാട്ട് നോക്കും അവരൊക്കെ ഭയപ്പാടും ആരോ വന്നൊരാളെ ആദ്യം കുറിച്ച് ആളുടെ കൂടെ അപ്പൊ അയാൾ അവധിയുടെ കാലാവധിയാണ് പറ്റില്ല ഏത് ദിവസം അനുഭവത്തില്ല വേറെ വേറെ കൊണ്ടുപോകുന്നു പിന്നെ മറ്റൂർന്ന് പറഞ്ഞവരെ വെച്ചാൽ അകപ്പിന് കൊണ്ടുണ്ടാക്കും അകപ്പിനെ തടസ്സില്ല സദാബിക്ക് വേണ്ടിട്ട് ജയിച്ചിട്ടില്ലേ ഇന്ന് പറഞ്ഞപോലെ ദദാബിയാണെന്ന് പറഞ്ഞിരുന്നു മഞ്ഞൂർ പറയുന്നത് മഴ പിന്നാലെല്ലാം ഈ ആണാമായ ദാബിദിങ്ങനെ ചെയ്ത് തറയായ സാധനം കൊണ്ടുതന്നെ ചേച്ചി പറഞ്ഞതുപോലെ താമസാണ് ഇതാണ് സാബിയായ അഹബിയ ഉദ്ദേശം വരുന്ന അഹബാൽ ഉണ്ടല്ലോ അഹബാനെ കൊണ്ട് ചേർക്കപ്പെട്ടതാ പല എത്തനം പുറത്തായി അപ്പൊ അങ്ങനെയുള്ള അഹ്ബാലിന്റെ ഉടമക്ക് നൂറ് കിട്ടൂല ദുൽമത്തുമായി ബന്ധപ്പെട്ട നൂറ് കിട്ടൂലല്ലോമത്ത് ഏറാമേ ഉള്ളൂ فأكمال <سؤال> آيسيسا دفل <سؤال> الزرء <سؤال> في النرمية رضيئة قريبية رضيئة آياء أو جوميئة مغلقشان ألواني كرسي جديا من الله ألواني سنة سيبقى لأي ينر بولة كذلك لا يجوز القمول محالة غير مرمية مرمية لا تا حالة كون الله قمول جاليدا لأنا غروية لفن مدودة كفية ربي القمول إلا وربي حرام آيسيسا فتاة كون الله قمول بشيلا ുംറവാനും ശരീരത്തിന്റെണ്ടാകാനും പാടില്ല എന്നാവും അമ്മാലമാമിന്റെ അതെന്തോ ഇസ്ലാമിന്റെ തലത്തിലായാ ഇപ്പൊ ഞാൻ പറയുന്നത് നിയന്ത്രണ കേട്ടത് ഇസുൽ ഹമാമുണ്ട് ആ പൊളിമുറിന്ന് കട്ടാ വിഷയം പറഞ്ഞില്ലേ അപ്പം ഈ കളവ് നടത്തുക എന്ന് പറഞ്ഞ ചെറിയ വിരുദ്ധമാർ പറഞ്ഞ പ്രവർത്തിയായിരുന്നു അല്ലേ പറയുന്നത് അത് പറഞ്ഞ് പഞ്ഞഹാരം വായുപൊട്ടുന്നല്ലേ അത് ഗൂപ്പർന്ന് ആര് ആര് വായിപ്പോഴാണ് ആഴിപ്പാത്ത അത് വളരെ യാസാക്കാൻ പറ്റൂല അത് തെളിഞ്ഞെടുക്കൂലെന്നു അതുപോലെ തെളിഞ്ഞെടുക്കൂല ഗൂപ്പറു നീട് അത് എടുക്കണ്ട കാത്തു സൂക്ഷിക്കാൻ പലതരത്തിലുണ്ട് ഏതെല്ലാമാണ് പത്ത് അസുഖം ഹർമത്തിൽ ആദര ശേഖൻ ആദറുന്ന വസ്ത്രത്തിൽ അദ്ദേഹത്തിന്റെ ഹുറമത്ത് സുഷിക്കുക ആയിവായും അയ്യായ മൈറ്ററക്കിട പല അജീസിയും ശേഖനെ പറ്റി ചീത്ത പറഞ്ഞപ്പോ അവസം എന്നും അല്ലെങ്കിൽ ശേഖരൻ ചീത്തയല്ല സ്ഥാനം കുറച്ച് പറഞ്ഞു ചീത്ത പറയില്ല സ്ഥാനം കുറച്ച് പറഞ്ഞു എന്നാലും പറ്റില്ല ി ഹർമത്ത് കൊണ്ടും അത് സാധിക്കാറുണ്ട് അപ്പൊ അതാ കാണ അതാക്കാനങ്ങനെ പറയുന്നത് തുറമത്ത് ശേഖനോടുള്ള ഓർമ്മത്തോണ്ട് ഇസ്മാനിയങ്ങളോട് ഞാനെല്ലാം പതിനെ തുറ ഇസ്മാനിയങ്ങളുടെ ഓർമ്മത്തിണ്ട് ഖുഹാനോട് ഓർമ്മത്തുണ്ട് കിട്ടാബിയുടെ ഉറമത്തുണ്ട് വക്കത്തിനോടുണ്ട് സമീസത്തിനോട് പലയായിരുന്നു ഓർമ്മത്തുണ്ട് ഇവിടെ ഇഹ്ബാനികളുടെ ഓർമ്മത്തും ഇവിടെ അതിനോട് സാധിച്ചത് മനു ഇവൻ സഹിക്കണം അതാക്ക അപ്പൊ ഇഹ്ബാനികൾ വക്കൽ നിന്നുണ്ടാകുന്ന ആ അതെ സഹിക്കണം എന്നാണ് ഉദ്ദേശം എങ്കിൽ അതാകും അദ്ദേഹം ജഹ്മാനിയങ്ങളെ മക്കൾ നിന്ന് ആളുണ്ടാവുകയാണെങ്കിൽ അവ തയ്ക്കണം അവ പ്രതിരോധിക്കാൻ പാടാന്നല്ലേ അണ്ടിനൊക്കെ ചോദിച്ചാൽ അവൻ്റെ ചിന്തിക്കതെ അതാക്കാൻ കിട്ടാബ് അവരോടൊപ്പാണ് അനുഭവിച്ചു ഭക്ഷണം നേരത്തെ കിട്ടാമ്പില്ലല്ല ഒരു പത്നീകളായ മൊയ്ത് പാലിക്കേണ്ട ആദാബൻ്റെ പറയുന്നത് ജിഹ്വാനീകളുടെ കുറുമത്ത് അതുകൊണ്ട് സാധിക്കാന്ന കുറുമത്താണ് എന്നുവെച്ചാ അപ്പൊ ഈ സഖീർ സഹിക്കണം സത്തഹന്മുന്ന് കിട്ടാതല്ലല്ലോ അതാകും ആരാകും യഹാഞ്ഞങ്ങളെ മക്കൽ നിന്ന് വല്ല സ്വയാസങ്ങൾ നേരിടുമ്പോൾ അത് സഹിച്ചു കൊണ്ടണം അതിനോട് ചോദ്യം ചെയ്യാൻ പറ്റൂല ഓ എസ് ബി ഇവൻ സഹീ സബോർ ചെയ്യണം അതാ ജപ്പാഹും കണ്ടാണ് അപ്പൊ അതാഹും ജപാഹും എന്നല്ലേ കേരുന്നു അവർ എന്താന്ന് ഇവനോട് എന്ത് പണക്കം കാട്ടി എന്ന് അത് സഹിച്ചുകൊള്ളണം ിമ കബീറുംഹ്വാനിയങ്ങളിൽ ബഹുമാനിക്കപ്പെടേണ്ട ആളെ അവരുടെ താമീമാക്കണം കബീരന് വയറമ തഹീറും അവരുടെ കൂട്ടത്തിലുള്ള തഹീരന്റെ റഹമുണ്ടാക്കണം അതെന്താ പറയുന്നത് ഇഹ്വാനിയെ ഇത്രത്തോളം ബഹുമാനിക്കണം പറയണം ഇഹ്വാനിയങ്ങൾ ഒരാളാ മുഴിവാക്കി കളഞ്ഞാൽ അത് പരിഹാരം പറയും അതായത് എന്തെങ്കിലും ഒത്തുകാരി മുമ്പോട് കാളി കഞ്ഞ് കാലം കുടിച്ചാൽ മുമ്പർക്ക് അഹമ്മീ വരും ഇഹ്വാനികളെ കുറെയാളുണ്ടാവും നൂറാളുണ്ടെങ്കിൽ ഒരാളോട് മാത്രം ആക്കിയാലും ആർക്ക് തൊണ്ണൂറ്റി അമ്പത് അക്കോ ആക്കിയ ഇതും ചെറുപോലിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് പണൻ കത്തറുവാൻ ഇഹ്വാൻ നിങ്ങൾ ഇത്ര പൊട്ടിച്ചോളിൽ നിന്ന് വന്നാൽ അവരോട് ബിജി എന്നുഷേഖു കഴിയില്ല എന്നാൽ ഷെയ്ഖിനെ വെച്ച് വിളിച്ചാലോ ഇഹ്വാൻ നിങ്ങളെല്ലാം കൂടെ അങ്ങനെ ഇങ്ങനെ ആക്കി എന്നുണ്ടെന്ന് രണ്ട് അറ്റലാക്കിയാൽ മൂക്കൂർ അപ്പം പിന്നെ ആളിക്കുമല്ലോ അപ്പൊ ഞങ്ങൾ ശരിയായി ഒരാളോടേ പറയും അതുകൊണ്ട് കത്തിക്കളന്നുണ്ടെങ്കിൽ കാര്യം വളരെ ശ്രദ്ധിക്കാനുണ്ട് അപ്പൊ നേരത്തെ കത്തിയാസ പ്രകാരം ജഫാഹും എന്ന് പറയുമ്പോൾ അദാഹും എന്ന് തന്നെ ഓണമെന്നില്ല കത്തിരിയാക്കണം അതെങ്ങനെയല്ല മറ്റൊന്നുണ്ട് ഈ ഹറുമത്ത് ജമീർ അൽ മുസ്ലിമിൻ മുഴുവൻ മുസ്ലിമെത്തും കാത്തു സൂക്ഷിക്കില്ല എന്നത് അതുകൊണ്ടപ്പോൾ സാലിഹ്യങ്ങളെയും കറി പറയാൻ നിൽക്കുന്ന തെളിയക്കത്തും ഇവിടെ ചെറുപ്പക്കഥ കാരണമാകുന്നു പറഞ്ഞാൽ ചേക്കന്മാർ ചേക്കന്മാർ നിൽക്കുന്നതെല്ലാം പറക്കുന്നുണ്ടല്ലോ ും ലഹമുണ്ടല്ലോ അത് സുമോ മുൻ വശങ്ങളാണെന്ന് മനസ്സിലാക്കണം മഹാന്മാരും പറഞ്ഞു അർക്കാണോ അറബിയ റുക്കിനികൾ നാലെണ്ണത്തിൽ മജിമുട്ടാണ് വലിയ കപ്പുലാ ഇവൻ ഒരു ശല്യം ചെയ്യാതിരിക്കാൻ രസിനെ കാത്തു സൂക്ഷിക്കാൻ ചപ്പ മറ്റാരെങ്കിലും എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടെന്ന് ആയിച്ചു സഫാന്റെ ശേഖരി നല്ല അഹ്ലുണ്ട് ആ സിനിപത്തിന് ജഹാനികൾ എന്നെക്കാർ വലിയ ആളാണ് ആ സഫാൻറെ സുഹൂദ് ഓറെ കുറ്റം കുറവല്ല ഞാൻ കാണുന്നത് സഫാവിന്റെ സുഹൂദ് അടിക്കപ്പെടാൻ അറിവ് ജീവിക്കാം കമ്പ കമ്പ് സുഹൃദത്തും വന്നു ഇനി സിനിമ താണ എട്ടുകാര്യത്തിന് മറ്റുതന്നെ ാണ് സാദിമായിരിക്കും ഹിദുമ്പോൾ അതാണ് മക്സൂദുൽ ഈ ബ്രഹ്മി ശ്രീമതി നമ്മളെ പെട്ടെന്ന് തന്നെയാണല്ലോ ആദിപ്പൊത്തു മൗരാഹു എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യാവുന്നോക്കിയാട്ടെ അന്യക്കൂന എന്നാ പറയുന്നത് അടാ ഇത്തു വെച്ചു രസാണ്ട് അതല്ലാണെന്താ അല്ലായക്കൂന അൻജക്കൂനആന്നിട്ട് പിന്നെയും വൻ ജക്കൂണോന്ന് അനിയല്ല രണ്ടു ഇസുബാത്തരാക്കീട്ട് ഇസുബാഹത്തിൽ അനീലല്ലോ അപ്പൊ അല്ലായക്കൂന കസ്തു അവന്റെ കസ്റ്റാകാൻ പാടില്ല തലബുദ്ധിഞ്ഞാവല്ലാത്തരാകാൻ പാടില്ല വൻ ഇതെന്താകണം യക്കൂലും അപ്പൊ അല്ലായക്കൂന എന്ന് ഇഷ്ടമാണ്ക്കൂണോ കസ്തു മരിഫത്ത് മൗല മൗലന്റെ മാരിഫത്ത് മാത്രം കസ്തുന്ന് പറഞ്ഞത് അല്ലായവണം ഇല്ലല്ല ഇതല്ലേ മാസമാറ്റി സംസാരിച്ചിട്ടുണ്ട് അല്ലെ കസ്തുസ്തഹി എന്ന് പറഞ്ഞ എന്തൊക്കെ ദൂന കറാമാസം സഹസരമാലപ്പൂ കുഞ്ഞപ്പെട്ടില്ലെന്ന് പറഞ്ഞോ വെറുബ്ബമാ ഇത് പറഞ്ഞ മതിയാക്ക അല്ലെങ്കിൽ കസ്തുസഹീ വേണ്ട അത് രണ്ടുപോയി മയക്കു പോകട്ടോ യുവനിസഹീ ചിലപ്പോ മനിയാക്കും റഫൽ നിമത്ത് പറയാണ്ട് രണ്ടൊന്നാം ആവർത്തനം പോവും അല്ല റഫ്ൽ നിമത്ത് പറഞ്ഞാൽ പറയും വേണ്ട വം ആ അവൻറെ അജീമ കാരണം നിത്യമാവണം ഒത്തിരി പെട്ടെന്ന് അവസാനിപ്പിക്കൂലോക്കൂലോ ഒരു പരിധി വേറെ എത്തി അത്ര മര്യാദ മതിപ്പം കിട്ടിയില്ലേല എന്ന് പറഞ്ഞ അജീമ തളർത്തിക്കളഞ്ഞാൽ എന്താ സൈറുണ്ടാവൂലെ എത്ര എടുക്കാനും ദേശപ്പാടില്ലാത്ത മാധ്യമത്തിലേക്ക് പോക്കാൻ ഇങ്ങനെ കേറുക അപ്പൊ ലാ കൂർമ തബർമത്ത് മാത്രം ചെറുത് കുറച്ച് കിട്ടി മതി എത്ര മതി വറുത്തല്ല ആ കത്തു കിട്ടില്ല അഗ്മ ചെയ്താൽ അമ്പു അത് പൂർത്തിയാക്കി കൊണ്ടുവരണം തുറച്ചു വരണല്ലോ വമ്മഉുല എന്ന് പറഞ്ഞാൽ എന്താണ് അത് ചീത്തയായ ഔസാത്തുകളാണ് അടക്കുറിച്ചിട്ടുണ്ടല്ലേ و يبدع <متحدث> روحا اوصافنا بقدر ما تنمان لوصاف الممدوثي محموده اوصافنا بقدر ما تنمان اهو اني يعني பார்த்தോ அப்ப அம்மை அபாகடை تاخيريت বল কল الوصاف المضمومه تاخيريتマイ يبدع روحا بالارصاف المحموده حديثه وقيل ان ذو مخالفه دي باث النذ بالاستثي صفات تصدي مال اريدنه இந்த பற்றங்களை கழிச்சி 마டியேதி എന്ന് പറഞ്ഞു രണ്ട് കൗലി നാണല്ലി ഒന്നാഞ്ഞ ആ ആ ശില്പങ്ങൾ വക്കലാണ് അപ്പൊ അന്നലെന്താ റഫിൽ നിമത്തിലേക്ക് വന്നു അപ്പൊ രണ്ടൊന്നായി കുഞ്ഞിമറുഞ്ഞാത്തല്ലേ അതാ എന്ന് പറഞ്ഞ പ്രയോഗം അത് ഈ ലുഖത്തിൽ ഒരു കുതിരന്റെ മുഖം ചമയിക്കാനുള്ള ഈ وفي <تصفيق> الحديث الحديث للأني صلى الله عليه وسلم الفكر عزيّن بالأبد من الألال جيد على قبض الفرد فكر من الأبد والعبد عزيّن على اسمه بانجر الله عبد من الزار الزيدي أنى خط الفرد فرد عندما يكون الزار الزيدي نيقال <سؤال> هذا تردون من منجول <سؤال> ردني أكبر من منجول <سؤال> ردان ودعب دين فكرن لأولان زيار لأنه الزار الزيدي نور سيير الزار الزيدي لكارن التجيدي رجيب ورنة واقعنا أنتها അപ്പൊ ആമ്പും അല്ലങ്കു അപ്പൊ അതൊക്കെ ചെയ്താലല്ലാണ്ട് നടത്തില്ല മനുഷ്യന്മാരടി യുവന ദുല്ല് വെളിപ്പെടണം എന്നാലേ പ്രസീന ദുരിൻ്റെ തിരിയുള്ളൂ അപ്പൊ അവരുടെ മുമ്പിലല്ലാന്ന് ധൈര്യം ഹത്തീറും മൊത്തമാവിയായി കഴിയണം എന്നത് പാലത്തിലല്ല ദുല്ലാണ് ജനങ്ങളെ മുമ്പിൽ പറഞ്ഞു തലബിലുള്ള തുല്യാണെത്തുന്നത് നമ്മൾ തലവിലും മറില്ലേ കഥല്ലാ തറിയോർബു കടല്ല നീ ലത്ത് പെരുമാറണം ആർക്ക് ഒരാൾക്ക് ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരി തല എന്ന് പറഞ്ഞത്വം പ്രകടമാക്കണം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലത്തൊക്കെ തയ്ക്കേ അത് ശരിയാവുള്ളൂ ജാ റവിയൽ മഹാ മഹാബോ നിന്നത്തൊട്ട് ബത്തപ്പെട്ട് കഴിഞ്ഞാൽ സഹലത്തൽ പൊത്തതീറ്റ് ശനിയായി अपورتुंग तोलंत बणो निरा निरा निरा निरा निनी कोडी कोडलो आ आ दुन नोडकोन फान अकर वमरा गम तुद हुल अलैहि हत्ता अन अल सुभन तल्ल अबदिल्ल लीन वा गमब तुल जुहुन अला काला व तुनतुन नफ्ता अन कालिम व कीरी व म गम तुद हुल अलैहि महबूबिल्ल मेरल कदम जनन न जान प्रदीपितिला हत्ता എത്ര വരെ ഞാൻ ഇറങ്ങുന്നവരെ അലൽപ്പൂ മഹല്ല മഹല്ലത്തിൽ ഞാൻ ഇറങ്ങി അവിധിച്ചത് വരെയും ഞാൻ ദുബൂല് പൊട്ടൂറിനെ പൊതുക്കാറില്ല ആദ്യം അതിമാർതൊരു പണിയാണ് പുത്തൂൽ ഞാൻ ഞാൻ എന്തായി അകന്തയിച്ചൂന്നുണ്ടേ വണ്ടി ഇപ്പള്ള പുത്തൂ പാത ൂന കഥാഹുപോന്റെ മേളിൽ ഞാൻ കണ്ണിന്നു അല്ലാ കഥാഹ അതിന്റെ കഥ ഞാൻ കണ്ണിന് പൊടി കൂടുന്നുണ്ട് നമ്മൾ കണ്ണി ആയിപ്പോയി കണ്ണിന് എന്തെങ്കിലും പായുമ്പോൾ പറഞ്ഞ് കണ്ണീൻ പൊള്ളല്ലേ ഇപ്പൊ അപ്പൊ കണ്ണിന്റെ ഉള്ളിലേക്ക് ജുപോലേക്ക് കട വരുന്ന വാർത്തകൾ ഞാനും കണ്ണീന്ന് മതി എന്റെ നെറ്റിന്റെ കൊല്ലെടുത്താക്കും വെറുപനെയാണ് എന്താക്കൂ ഞാൻ വിശ്വസിക്കുന്നു കണ്ണിനൊരു പൊടി മാറുന്നതാണ് നമ്മൾ കണ്ണിൽ മാറുന്നത് പോലെ കാത്തു സൂക്ഷിച്ചു കാര്യം നോക്കി കാര്യം ചെയ്തോ ഞാബിന്റെ പേര് പറഞ്ഞു ീസ എന്ന് ലീഫാ പറയോണ്ട് തോന്നുന്നു പറയുന്നു വാമൻപത് രൂപ ലീസാ എന്ന് പറഞ്ഞപ്പോ മറുജോ അതിന്റെ അത്തരത്തേക്ക് മടങ്ങി നയില്ലാത്ത താമസത്തിന്റെ ഔചാരി തന്നെ ന്നെയാകുന്നു ഏറ്റവും വലിയ കബീ അത് തോപ്പിന്റെ ഇഷ്ടനായ സൂപ്പി ഉണ്ടോ അതാണ് അക്ബരൽ കബീ ിയൽ കിന് ദു പുറത്തു പോയിട്ടുണ്ട് എന്നതിന്റെ തെളിവെന്താണല്ലോ അറിയും അവസരത്തിൽ കിട്ടണമെന്ന് കുറിച്ചു ദുഞ്ചാവ് മഹിയ മഹിടുത്ത് സുഹൃദം എന്ന് പറഞ്ഞാൽ എന്താ ഇതാ വലതു ആസറവും കിട്ടിയെങ്കിൽ ും ഇല്ലെന്ന് പറഞ്ഞാൽ ശത്രുവാ എന്താ പറഞ്ഞത് ഇങ്ങനെന്താണെന്ന് വെച്ചപ്പോൾ പറഞ്ഞു എന്തെങ്കിലും നമ്മൾ എന്താക്കും ശുക്രുവാക്കും ഇതേ ചെറുപ്പം ചെയ്യും അദ്ദേഹം നമ്മൾ നാട്ടിൽ ആരോഗ്യം തന്നെയായിരുന്നു നമ്മൾ നാട്ടിൽ നിന്ന് റൈറ്റോണ് തന്നെയാന്ന് പറഞ്ഞു നിങ്ങളെ അവിടെ പിന്നെന്താ നിങ്ങളെടുത്തി നിങ്ങളെന്ന് പറഞ്ഞാൽ എന്താ ഇണ്ടായാൽ ഈ സാറ് ഇല്ലായ്മ അതാണ് ചോദിക്കുന്നു പടിയമികൾക്കതെത്തി അത് മോക്കദായംബിപ്പെട്ടതാണ് പിന്നെ മഹേഷ്വറോ അല്യ്യപ്പോ അത് അതിന്റെ ചെറുത്തുപ്രകാരം പറയുകയാണ് ഏറ്റവും നല്ലത് അതിവിടെ വെറും സ്വയം മാറത്തോ വന്നിട്ടുണ്ട് കയ്യിൽ അതിനെപ്പറ്റി ഒരു അദ്ദേഹം തന്നെ വേറെ വരുന്നുണ്ട് അങ്ങനെ കൂട്ടുകൂടണം ആരാധന പോലുള്ള ഔസാപ്പം തൊക്കെയാണ് സമ്മാനന്തെല്ലാം അത് വേറെ തന്നെ സുഖത്തും ഉണ്ടാവും അപ്പൊ ഇവിടെ ചെറുപ്പിനോട് അപ്പം ഇപ്പോ പറഞ്ഞത് അത് വേറെ വാക്കുകളുണ്ട് അതെ ഇവിടെ പറഞ്ഞത് ആളുകളോട് ഞാൻ പറഞ്ഞത് അതിന് വേറെ വാക്കുകളുണ്ട് അറിവിൽത്തിൽ അണ്ണലായിരുന്നു അനിയപ്പ് ഏറ്റവും നല്ലതെന്നുള്ളത് അസ്ഥാനം മാറ്റണം പിന്നെ അതിനകുന്ന ഒരു മനുഷ്യൻ അവന്റെ കനീനാരാണോ അവന്റെ മീനാറ്റും അപ്പൊ ആദ്യ ചീലിങ്ങരുടെ സ്വരംഭത്തിൻ ഉണ്ടായ ആ മരിപ്പത്തിന്റെ അറ വീറ്റമിലുണ്ട് ണം ഓളമാതാണ് ഇനി അടങ്ങിയിരിക്കാൻ മടിനില്ലല്ലോ മടിയന്മാറക്കം കൂടി അമ്മ മടിയാകട്ടില്ല ആ ഹോളങ്ങുന്നതിന് അമ്മ അങ്ങനെ അറക്കുന്നു അത് വച്ചില്ല വലായ തുല്യുക്കിന്നെ അറിയിച്ചിരുന്നില്ല മക്കാലും അദ്ദേഹത്തിന്റെ സംസാരം അറന്നു അള്ളാന്റെ മേലിൽ അറിയിച്ചിരുന്നില്ല അങ്ങനത്തെ അടക്കം കൊണ്ട അവിടെ എന്തായോണ്ടാകുന്ന രണ്ടാമത് ഒന്നിച്ച് അയാക്ക് പൊങ്സ് ഉണ്ടാകും അല്ലെങ്കിൽ കലാമുണ്ടാകും കലാമുണ്ടെങ്കിൽ അള്ളാന്റെ മേലെ അറിയിപ്പായിട്ടുള്ള കലാപം മുന്തിയെങ്കിൽ അള്ളാന്റെ മേലുള്ള കലാമാണ് മുണ്ടാതെ ഹാരാച്ചടങ്ങിക്കൂടുന്നു ഹാരാച്ചടങ്ങിക്കൂടുമ്പോൾ നിനക്ക് ഹോളും ഉണ്ടാവണം ഇൻഷാദും ഉണ്ടാകണം അപ്പൊ അയാളെ ഓണം തിരിപ്പിച്ചാലും എനിക്ക് നന്മ മുൻകിയാലും നന്മ അതല്ലാണത് വളരെ സുരൂക്കിന്റെ തരീക്കല്ലാതെ ഉദിരത്തിന്റെ തെരീക്കല്ലാതെ സുരൂക്കിന്റെ തെരീക്കുന്ന പറ്റൂല ചങ്ങൈമാർക്ക് പോകണം ചേക്കണ്ടൊക്കെ പോകണം ചെങ്ങൈമാർക്കും സഹകരിക്കാനുണ്ട് നേരത്തിന്റെയും ചോദിക്കും ഏത് ദിലത്തെ നമ്മൾ ഈ പാർട്ടിയായിട്ട് വെക്കാത്തതിനോട് തിലത്തുണ്ട് അരളത്തിലെ കുതിരത്തല്ല അരളത്തിലെ അരല്യത്തിലെ കുതിരത്താത്തരത്തിൽ ഇരിക്കലാണ് ഇതിനാണ് സുരൂക്ക് നടക്കുന്നോ അപ്പൊ സുരൂക്കിന്റെ തെരീക്കേതല്ല കുതിരത്തിന്റെ തെരീക്കിൽ കൂടിയാകാൻ പറ്റൂലാണ് സ്വീകരിക്കാന്നല്ല മനസ്സിലാക്കുമ്പോൾ നീ തെരീക്ക് വൃത്തി പോകണം ഇരുത്തിമാരും വേണം ഇത്തിമാരും പോണം എന്നാൽ ജീവിക്കണം അതെല്ലാറിഞ്ഞത് സുഹംബത്ത് അതിനോട് ഒരുമിച്ചുകൊണ്ടതിമാർ തന്നെ വാതുപദേശങ്ങൾ കണ്ടത് പൊപ്പുജം അതുകൊണ്ട് റഹമത്താണ് പുറത്തുനിന്ന് അതാബു ആണ് അതുകൊണ്ട് സുഹബത്ത് കൂടിയത് പപ്പ ഹൃദയത്തിലുണ്ട് അള്ളാഹുവിന്റെ യത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം അല്ല അവരുടെ അനുഗ്രഹം ജമാഅത്തിനോടൊപ്പമാണ് ഏത് ജമാഅത്ത് അതി എല്ലാ ജമാഅത്ത് എല്ലാം ഉദ്ദേശിക്കുന്നത് ഇന്നോടൊക്കെ സംഘടനക്കാറുമല്ല അത് പിന്നെ മഹാപ്പിളത്തിന് കൂട്ടലിന്റെ കൂട്ടും അനിയനില്ല ഉസ്താദിനില്ലാതെ സംഘടന അതിനെ കൊണ്ട് പഠിപ്പില്ല മഴ മറന്നു സംഘടന കൊല്ലമാനം പഠിപ്പിച്ച് ഉസ്താദി നൽകി ഉസ്താദില്ല അപ്പോ അൽജമാർദ്ദേശം അതല്ലാത്തവരോട് വരുന്നുണ്ട് അല്ലെങ്കിൽ അമ്മാൻ അമ്മാനെ കൊണ്ട് അടുപ്പിക്കുന്നു വെച്ചോ അമ്മാദുൽ മജുഹൂ ബദറുൽ മജുഹൂന്ന് പറഞ്ഞ കഴിവിന്റെ പരമാവധി വിനിയോഗിക്കുക എന്നല്ലേ പറഞ്ഞത് അതെന്താ കാത്തിൽ കൃത്യ കിട്ടിയ സമയങ്ങൾ ആ ആറിലായി നോട്ടോ അല്ലെങ്കിൽ മുട്ടാതയോ ഏഹ്റോ കടാന്തോ നിഷ്കാരോ ഓർബാനോ എന്നങ്ങനെ സമയം കൊണ്ടു നിൽക്കാൻ പറ്റില്ല മഹാദാഭവൻ മസ്സൂദി തരീത്തിനേറ്റം മസ്സൂദ് അത് തന്നെയാണ് ഇമാറത്തിന്റെ അവക്കാസമാണ് ഇന്ന സമയത്തിന്റെ ഇന്ന സമയത്തിന് ഇന്ന സമയത്ത് നമുക്ക് ചുവളായി അസം അടുക്കാറോ അടിവത് ഉണ്ടാക്കണം ഇവർ അങ്ങനത്തെ കൊണ്ടുവരിക ചിലപ്പോ കൃത്യം നമുക്ക് കൊടുത്തേക്ക് ഏതൊരു ആവട്ടെ പോകുന്നു എങ്ങനെ കഴിഞ്ഞു പോയിട്ടില്ല എന്നാൽ മാറും എരിതല്ലോ പരിഹരിക്കാൻ ആ വെള്ളം നെടുങ്കടത്തിലേക്ക് അതോടൊപ്പം ഒരു പക്കേരത്ത് ഡിരിൽ മുതാക്രത്തിൻ നാല് പക്കത്താണ് ഡിച്ച് ദിച്റാണ് വസ്ത്രത്തിൽ മുതാക്കറയാണെന്ന വസ്ത്രത്തിൽ ഉണ്ടാകുമ്പോൾ മുതാക്കറ നടക്കും പിന്നെ അതല്ലെങ്കിൽ അതിപ്പിസം ലിസാൻ ലാബിക്കും ഡിക്രും മുതാക്കര വിസാനും വഹിച്ചാണ് ആ ഫിക്രത്തീന്നുള്ള അവിടത്തേക്ക് നോക്കി കൻപിലേക്കാൻ പോകും ആന്ത്ര തീർന്നുള്ള എവിടത്തേക്ക് ഊഹിലേക്കാൻ പോയിക്കുന്നുണ്ടാകും ഇന്ദ്രനെ കുറിഞ്ഞെ സുഹൃത്തിൽ കടന്നു പോകുന്നുണ്ടാകും മറ്റേ മുഷാഹദിയിലുണ്ടാകുക അപ്പോ മൂന്ന് മർത്തമൊക്കെ പിച്ച് വന്നു ഇച്ചിരി മുടാറ അല്ലെങ്കിൽ അതിന്റെ അപ്പുറമായ നന്ദി അപ്പൊ ഇത് വിഷാനായി മറ്റേ കൻപായി മറ്റേ ഊഹായി ആവുത്തപ്പോലും ുംനുഷ്യന്മാൻ ഹ്രത്തിനല്ലാതെ വാറൊന്നും ഇല്ലാതെ വക്ക അത് ഈ ഭാറിക്കുന്നില്ലാസിൽ അഭിമാനീന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ഈ പറയപ്പെട്ട അല്ലാത്തതെല്ലാം മസാലത്തും മൊത്തം ഇപ്പൊ പറഞ്ഞു താൽത്തമാ അപ്പൊ താരാറ്റി ശേഷം തോന്നുന്നു അന്നോണ്ട് അല്ലെ അതാണ് താൽത്തമാ അസ്സാമുണ്ടാകും രിച്ച് പറഞ്ഞുകൊടുക്കാൻ വളരെയേറെ ബാധ്യമാണ് അതാദ്യമായ കാര്യമാണ് തഹരീന്ന് പറഞ്ഞു അതിൽ നിന്ന് മക്സൂദിനെ മാത്രം തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അത് അതിനർത്ഥ പ്രയാസം എന്താ പറഞ്ഞു കൊടുക്കാൻ തയ്യാ തനീരുഹു ആ തഹരീര മുൻതനിയാകാറില്ല കാരണം ഈ മട്ടല ഭൂമിനെന്തോ കൂടിക്കടന്ന് പോയിട്ടുണ്ട് അതാ ഇല്ല കൂടിക്കടന്നിട്ട് നല്ലത് ഏത് തീർത്തേക്ക് ബോധിപ്പിക്കാൻ മുത്താലിയും കടം കൂടെ ബോധിക്കാനാവുന്നില്ല നെല്ലും പതി കൂടെ കൂടിക്കറഞ്ഞാ ബോധിക്കാനാവാത്ത രീതിയിലാണ് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ആ നെല്ലുന്ന കാപ്പെന്ന് പറഞ്ഞാൽ നെല്ലും കണ്ടും കൂടെ വേർതിരിക്കാനില്ലാതെ കൊണ്ട് കൂടിക്കിടന്നിട്ടാണല്ലോ ചോദിച്ച പ്രയാസം പറഞ്ഞത് അപ്പൊ മുത്തഞ്ചിപ്പിന്റെ താരത്തായി ഇവിടെന്തെല്ലാം കൂടി കറങ്ങി ആകെ കറാബായിട്ടുണ്ട് ഒരുക്കത്തുനിന്ന് വെറുതെ ചെയ്യാത്ത ഉണ്ടാകും അച്ചവട മതം ഉണ്ടാകും അച്ചടിയാക്കും ഉണ്ടാകും ഒരുക്കത്തിൽ ശരിയായ അനുസരിച്ചു ഈ തകലി തേർന്ന് കെട്ടി അല്ലെ അല്ലെങ്കിൽ ആദ്യ തവസ്മെത്തി ആദ്യങ്ങനെത്തി നമ്മുടെ ഈ കാലഘട്ടത്തെ തവസ്മർ ആ തവസ്മർ വെറും കോലം കെട്ടണ്ടേ വെറും കോലം കെട്ടുന്ന ആടക്കും ഏതോടൊപ്പമായ കഫാ മുറാദീയ തരിയത്തെന്തിനാണ് ഇതിന്റെ മദർക്കെന്തിനാണെന്നും ആർക്കും കിട്ടാത്ത രീതിയിൽ നെയ്ച്ചോർ വെക്കാനും വീടിക്കെന്ന് മറിച്ചിടാനും പറഞ്ഞെടുക്കാനും കൊടുക്കാൻ കുഞ്ഞിയും നെയ്യും കൊല്ലത്ത് പൊരുത്ത ബാക്കിയാകാനോ കൊണ്ടുപോയി പിന്നെ മുറാദ് എന്തിനാണ് എന്താവശ്യത്തിനാണിത് ഇതേന്ന് പിടിച്ചെടുത്തതാണ് അതാ മുറാദ് മദർ മുറാദ് ഇതെന്തിനാണ് എന്തിനാണ് ഇത് കാരണം മദർക്കെന്ന് നമ്മൾ ഇത് ഏർന്ന് പിടിച്ചെടുത്ത് വേറി കൃഷിയ കേന്ദ്രം എവിടെ സഹാബത്തിന്റെ അഹ് വേണ്ടത് ഇതെല്ലാം അപ്പായ കൊടുക്കുന്നു കോലം കിട്ടുന്ന കൊറേന്താക്കി പ്രയാസമായി ചെലവറെ പറയാനുള്ള ഒന്നല്ല ഇത് അത് ഇത് ആസ്വദിക്കാനുള്ള അത് ഒന്നുതന്നെ സ്വയം ആസ്വദിക്കാനുള്ള ചില കാര്യങ്ങളാണ് അതുകൊണ്ട് അത് റാസിൽ പറഞ്ഞുകൊടുക്കണം എന്ന് ചോദിച്ചാൽ കൊണ്ടുവരൻ പറ്റി ചോദിച്ചാളായില്ലേ അതിനെപ്പറ്റി കലാമ വിശാല മതി പറയൂ എപ്പോഴ് ു അതിനാ പേജ് നോട്ട് പേജ് നാൽപ്പത്തി മൂന്നിലാൽ ആ പേജിലുണ്ട് ഇതിനെ നീ ശേഖരിക്കാമെന്ന് കൊതിവെക്കേണ്ട ഡൽ കൂടി നോട്ട് കൊടുക്കും അല്ല ചേരൽ കൂടി അല്ല ഊർജുദത്തിൽ കൂടി ഊർജ്ജല്ലേ അപ്പൊ ബേസിൽ വളരെ പാട്ടിൽ കൂടിയോ ദത്തൽ തോണിയോ അത് കിട്ടുമെന്ന് വിചാരിച്ചൊന്നും വേണ്ടമാള ദിനം പ്രത്യേകം പിടിച്ചെടുക്കാനുള്ള കാര്യമാണെന്നോട് പറയുന്നത് അതാ ഉത് അതീസാപാനുള്ള കാരണം ു നീ എന്തിനെ കുറിച്ചാണോ ചോദിച്ചത് ഫീറിന്റെ പിണലിലെ ചോദിക്കുന്നു അത് മാത്രം അതൊക്കെ ഇപ്പൊന്നുമില്ല ഇപ്പൊ നാല് നാപ്പത്തെട്ടുണ്ടെല്ലാം കൂട്ട് തുടങ്ങി പച്ചത്തിന് മനസ്സിലും നല്ല അമസ്സിലുണ്ടാവും ആരത്തിന്റെ പദ്ധതികൾ എന്തൊക്കെയാ കാതിരി എന്തെല്ലാം എന്തെല്ലാം ഉണ്ടായി എന്തെല്ലാം പരിപാടികള് റ്റ് പോലെ അതല്ലോട് പറയുന്നത് ഇന്നെന്താ നീ താൻ താൻ നീ ചോദിച്ച കാര്യം മെച്ചോ ഇത് മെച്ചെന്ന് മാത്രല്ല ഇന്നിനുമ്പോൾ ഞാൻ അവസാറു മെച്ചന് ശേഷം ആ നമ്മൾ പടം ഉരുമ്പി അല്ലാതെ മാറിയിരിക്കുന്നു അത് പോലും ഇല്ലാന്ന് പറയുന്നു അറിയും അതും ഇല്ല അതുകൊണ്ട് അതുകൊണ്ടപ്പോഹു അതിന്റെ കൊടിമരങ്ങളെല്ലാം തേഞ്ഞ് വാഞ്ഞു പോയി അതുകൊണ്ട് ഇഷാഞ്ഞ് കൊടുക്കുന്ന അതെല്ലാം പോയി ഇവിടെ ഉണ്ടായിന്ന് പറയാൻ പറ്റുന്നെ എല്ലാം പോയി സഹസീഷൻ സഹസീൻ ഖാൻ അനു എൻ്റെ പറഞ്ഞു തേനും പറയും നമുക്ക് മന എത്രണ്ട് എല്ലാത്തിനും പച്ചക്കൊടി ഉണ്ട് നല്ല ഡബുളിയെ കുടി ഡബുളിയോ എന്റെ മുറിയ അടയാളോ തീർച്ചയായി ഡി പച്ചക്കളറുണ്ട് ചോപ്പ് കളറുണ്ട് സഹസീഖ് അതുകൊണ്ട് പദം തലീബ് ഇതിനുശേഷം പറഞ്ഞ് അത് മൂപ്പര ആരെങ്കിലും ഒരു സാലിന് മുമ്പിൽ കണ്ടു വെച്ചിട്ടുണ്ടാവും ഒരു മൊറീദിനാണ് നീ മൊറിച്ചത് അനുവാദങ്ങൾ കണ്ടു വെച്ചോണ്ടാണോ പറയുന്നു പറയുന്നു അത് മരിച്ചുപോയി അത് മരിച്ചാൽ അതിന് ജീവനുണ്ടാവുക അതിന് അസീകത്ത് മരിച്ചുണ്ടാവുക അത് മരിക്കൽ എന്ന് പറഞ്ഞാൽ അഹലികാർക്കും വന്ന സംഭവിച്ചു എന്നർത്ഥം എൽമ മരിക്കൽ എന്ന് പറഞ്ഞ അർത്ഥം ഉണ്ടാകും പറഞ്ഞാ അസീകത്തം വേണികാർക്കല്ലേ പിന്നെ വൻതറത്തെ സബറുഹോ അതിന്റെ തവറല്ല മൂന്നരിച്ചായി പോയി മാറി മാറ്റാ മരിച്ചുപോയ ഒരു മെനെ പോയ ആക്കി മറിച്ചു കൊണ്ടാണ് ിപ്പോൾ ആയി മാറി അതെങ്ങനെയാ അതേ തെളിവ് അബ്ദുൽ ഹദീസിനുണ്ട് ഒറ്റ ഊജിയെടുക്കില്ല നേരമത്തെല്ലാം മറന്നു നോക്കുക ഇതൊന്നും ഇല്ല വന്നിട്ടുണ്ട് പറഞ്ഞുപോലെ ചവക്ക് ചെയ്തിട്ട് കിട്ടാൻ നിൽക്കുന്ന പേക്ക് ഒന്നും ഒന്നുമില്ല ഈ അവസ്ഥ തല്ലി പിന്നെ കൊടുത്തു പറഞ്ഞ അങ്ങനെ എന്തില്ലെന്നാണ് ആര് പറയുന്നത് അതി പറയുന്നു പറയൂരി ഒന്നുമില്ല ഇപ്പോൾ പക്ഷെ പിന്നെങ്ങനെ വരാത്തിന് അമ്മാവസ്ഥ എന്തിനെ പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം മെച്ചിക്കലുണ്ടെന്നാ പറഞ്ഞത് അതാണ് ഉത്രം എന്താക്കിയത് ഈ മാസ എന്ന് പറഞ്ഞാൽ മെൽപ്പു ഞാൻ കൗട്ടിന് ആര്യ പറഞ്ഞു ജനങ്ങൾ കുറെ ധാന്യങ്ങളായ നേതാക്കന്മാർ ആക്കി വെക്കും ഓരോ പോയി ചോദിക്കുക പൊതുവെയും കൊടുക്കൂ മരുതോ ഒരു സ്വയം പെഴക്കും ആ മല മറ്റൊന്നാളെ പഴക്കം ചെയ്തു അപ്പൊ ചോദിച്ചു ആ ഇന്മ ഏത് ഇന്മാന്ന് അത് രണ്ടിന്മിനെ പറ്റി പറയാം നമ്മളിപ്പോ നമ്മളെ കിട്ടാവരുടെ ചർച്ചാ വിഷയം ബാസമിയാവുന്ന പറ്റിയാണ് ഹദീസ് അമ്മായിട്ടാ പറഞ്ഞു അതുകൊണ്ട് വട അപ്പറത്തൽ ഇന്നും തിരക്കില്ല ഈ തോന്നി പുതിയ ഹാബി ഹി അതാദ്യാർ പോടി പോകും എന്ന് ഹദീന്റെ അമ്മാക്കുണ്ട് എന്തോ സാധിച്ചു അങ്ങനെ സാധനത്തെ നിഷാനിണ്ടാകുമല്ലോ അടയാളം അതാണ്ടിസു ശരി അപ്പൊ ആരാമുസിനും ഒരു സാധനത്തിന് ഉദൂതമല്ല അറിയിക്കുന്ന ചില അടയാളങ്ങളും അതാണ് ആരാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പേര് വെക്കപ്പെട്ടത് അൽ കോണ്ടല്ലോ അപ്പൊ അമ്മാവ് പടത്തിന് ആലം എന്ന് പേര് വെച്ചതാണ് ആലം എന്തുകൊണ്ട് നീ ധനാലി താനി ആ അമ്മാവിന്റെ തമ്മിൽ നീ അറിയിക്കുന്നുണ്ട് അവിടെ ഒരു ആരാമത്തുണ്ടല്ലോ ായി അതിലേക്ക് ചേർക്കുന്ന അടയാളങ്ങളെല്ലാം തേഞ്ചുമാഞ്ഞു പോയി പലീഫും അതിലേക്ക് പോലും അടയാളം കൂടി അതാണ് സങ്കല്പിക്കണം മുനാഫിനെ സങ്കല്പിക്കാൻ നല്ല പറഞ്ഞു അതുകൊണ്ടാണ് നീ ചോദിച്ചോണ്ട് ഹട്ടിക സംബന്ധിച്ച് കേട്ടുകളി ചുരുക്കത്തി മൊത്തം നിണ്ടുപേർക്ക് പറഞ്ഞ എന്താണ് അതേ വലിയ മാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്ന താലിഫീനാൻ പച്ച കുറഞ്ഞു പോയി തീരെയില്ല ലോകത്തെവിടെയുമില്ല എന്ന് അർത്ഥം വരിക നമ്പിനെന്ന് പറയും പച്ച കുറഞ്ഞാലോ അന്നെക്കാം മാത് പഠിപ്പിച്ചിരുന്ന ും അതാണ് ഏതിന്റെ അർത്ഥം ഒന്നാമത്തെ അത് പറഞ്ഞു തോന്നും കവിനേതായാലും ബാക്കിയേണ്ടത് നക്ഷത്രമോ ഈതേ നാദിമോ പറഞ്ഞ പോലെ തന്നെ ആരും പറഞ്ഞിട്ടുണ്ട് ആദി പ്രതി മുമ്പ് കഴിഞ്ഞു പോയ മഹാന്മാരുണ്ടല്ലോ പോറും പറഞ്ഞു അക്കാലത്തും പറഞ്ഞു അറിയാം ഒന്നുമില്ല ഒന്നുമില്ല സാധ്യത കാലത്തും പറയാൻ തുടങ്ങിയത് ഒന്നുമില്ല ഒന്നുമില്ല എന്താ ഇരിക്കുന്നത് എട്ടാം നൂറ്റാണ്ടിലുമ്പോർ പറയുന്ന ഒന്നുമില്ല ഒന്നുമില്ല അതിന് മുമ്പുള്ള ആളും പറയുന്നു അതായത് നാം നാലാം നൂറ്റാണ്ടിലും പറയുന്നത് ഒന്നുമില്ല അപ്പൊ ഇപ്പാറും പോറും പേരുകൾ മാത്രം നാല് മുമ്പാണ് നാനൂറ്റി മുപ്പതിലാണ് ഇഷ്ടക്കു പേര് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഓടാ മാത്രമേ ഉള്ളൂ അതിനുള്ളതിന്റെ ആ സാധനം ചിറ്റി മാത്രമായി കേൾക്കുന്നു അതിനുള്ള ഇപ്പൊ സാധനം കൂടെ കൂടാണ്ട് മുറ്റിന്റെ ചിറ്റിന് <Sýý> and ോ ഇവർക്ക് മുമ്പാണെങ്കിൽ തന്നെയാണ് പറഞ്ഞത് അപ്പൊ ഓരോ കാലഘട്ടത്തിലും എപ്പോഴും അതാ പിന്നെ ഹരികാരം പോയി പോയി ഏത് കാലത്തിന് ഇണ്ടായത് <Sdes> ും പോയിന്നാ പറ എന്താ പറയാൻ കാരണം കോടംകെട്ട് ഏറ്റുമെട്ടലും കാണുമ്പോ അത് പറയേണ്ടി വന്നു അതാണ് ചെയ്യുന്ന ആളുകൾ ഇവിടെ പ്രകടമാക്കിയ ഒന്നും ഏതാ ചെയ്യുന്ന ആണ് പ്രകടമാക്കൊന്ന് കാണുമ്പോൾ പറയേണ്ടി വന്നു കാരണം ഇത് പറയുന്ന പറഞ്ഞുള്ളതാണ് ഹിമുനാകല്ലം തീ നമ്മളിന്ന് സംസാരിക്കുന്ന ഈ നമ്മൾ ഹിന്മുണ്ടല്ലോ ആ തൊക്കെ വിസാക്കുവോ അതിന്റെ വിജിപ്പെല്ലാം മടക്കി വെച്ചുവോ എപ്പം മുൻ വഴിച്ചു കൊല്ലം മുമ്പ് ആയിരുന്നു ഇതിനെ പറയുന്നു ഇരുപത് കൊല്ലാത്ത അല്ല മടക്കി വെക്കുകയും പക്ഷെ നീ നിണ്ടല്ല അതോ വൈനമാണ്ത്തൊക്കെ നോക്കി ഹവായ മറക്കുമ്പോഴും തന്നെ അമീപ്പം പറയുന്നുണ്ട് അതിന്റെ കാതൊന്നും ഇല്ല അതിന്റെ തോലും കടക്കല്ല അമീപ്പം പറഞ്ഞിട്ടുണ്ട് കാതെല്ലാം മട്ടിൽ പോയിരുന്നു വക്കാനായാലും എപ്പോലും വിനീദ് റവ്യള്ളും പറയാറുണ്ട് കരുക്കൊമ്പാരിച്ച കൌമൻ സെനീന ഞാൻ കൊറേ കൊല്ലം കൊറേ കോമന്റ് ചില ഓരോ അങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പുഹമ എനിക്ക് തിരില്ല ഓറെന്താ പറയുന്ന എനിക്ക് പിടുത്ത എന്നാ ബമാനീപ്പിൽ ഞാൻ ഇൻഗാറാക്കതി കൊണ്ട് അല്ലാ എന്നെ കുടിച്ചിട്ടില്ല എന്നാ വരുന്നു ഓർ അങ്ങോട്ട് പറഞ്ഞോട്ട് ഞാൻ ഇൻഗാറാക്കാൻ തരില്ല വമാ ബോനീപ്പ് ബില്ല് കത്തു അതിന് ഇന്താറാക്കടി കൊണ്ട് അള്ളാന്നെ ധരിപ്പിച്ചിട്ടില്ല സമ്മതിക്കും അത്തക്കം ബലഹ ഞാനതിനെ കപൂരോടുകൂടി സ്വീകരിക്കുകയും ഞാനതിനു കാര്യം എനിക്ക് തിരിയിലൂല അപ്പൊ തിരിയാത്ര ഒരുപാട് ഉണ്ടെന്നപ്പോ പറഞ്ഞു മൂക്കറാരാ നീന്തവീ മാമൂലമാണ് ചില കോമ്പുണ്ട് ഉറക്കം പോയാൽ ഓർന്താ പറഞ്ഞു അരിതാണെന്ന് വർമ്മില്ല കപൂരോളം ആണ് അത് വയ്യതിരിപ്പാ ലഫോൺ സി ലഫ് ലം സി ലക്ഷ്മാ ല അതാ പറഞ്ഞില്ല ഗുണങ്ങളുണ്ട് പറയുന്നത് ഇത് കഴിഞ്ഞു പോയി കഴിഞ്ഞു പോയി കൊറേ സംസാരിക്കാറുണ്ടായിരുന്നു നമ്മൾ ഇഹ്ബാനി കൊടൊപ്പം പഴയ കാലത്ത് തന്നെ പല ഉലോമ്പിലും പക്ഷെ അതും അപ്പം മൂപ്പറ കാലത്തിന് ശേഷം മുമ്പുള്ളതും പോയിട്ടുണ്ട് മൂപ്പറത്ത് കിട്ടുന്ന കാലത്ത് അതിന് മുമ്പുള്ള കുറെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മള് കുറെ കാലത്ത് സംസാരിക്കാറുണ്ടായിരുന്നു ഈ കാലത്ത് നോക്കുമ്പോ അതും ഇല്ലാണ്ടായി പോയി നമ്മ കാലം കഴിഞ്ഞു പോകാൻ ചുരുങ്ങി ചുരുങ്ങി വരുന്നുണ്ട് പറഞ്ഞത് എന്നുവെച്ചാ വനാ കാലിന് ഞാൻ അതിന് ഒരാളും ചോയിക്കുന്നുണ്ട് ഒരാളും ചോദിക്കുന്നുണ്ട് ഇത് അടച്ചിട്ട് എന്താക്കാൻ വരിയോ തീരത്ത് മുറിച്ചിട്ടുണ്ട് ഒരിക്കലും മുറിച്ചിട്ട് അടച്ചുപൂട്ടിയ ബാധ്യത പോലായിട്ടുണ്ട് നമ്മളെ ചിലർ പറയുന്നു അനാരി മുത്തങ്ങൾക്ക് ഞാൻ അറിയുന്നുണ്ടായിരുന്നു എഴുപത് തരത്തിലുള്ള ഇൽവുകൾ മുത്തക്ക പിന്നിയത് എന്റെ മുത്തക്ക പിന്നീങ്ങൾക്ക് എഴുപത് തരത്തിലുള്ള എൽബ് ഞാൻ കാണുമായിരുന്നു അവർ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കാറുണ്ട് പരിചയപ്പെടുത്താറുണ്ട് ഈ ഹാദൽബുക്കം പോലും ബാക്കിയില്ല ഈ ഹാദൽബുക്കം പോലും ബാക്കിയില്ലാന്ന് മുമ്പോ എന്റെ അറിയും ഇതൊക്കെ നമുക്ക് ഇപ്പം അത് പാട്ടിണ്ട് അത് ഇൽമാലത്താണ് പേര് കൊടുക്കപ്പെട്ടത് ഉമ്മക്കാലത്തിന്റെ പോഷപ്പ് പറയുന്നവാന ഇമാമുനു നമ്മുടെ ഇമ്രാമായ മുന്നൂറ് കൊല്ലത്തിന് ശേഷം നമ്മുടെയും മാൂറ് കൊല്ലം പറയുന്ന ഈ എന്മ കൊണ്ട് സംസാരിച്ചാടാ ഞാനി അതിന്റെ ഉദ്ദേശം നുള്ളിക്കൂടാ അതിനിധി അത് ഉൾക്കൊള്ളുന്ന ആളുകൾ വളരെ കുറവാണ് എന്ന കാരണത്തിന് വേണ്ടി അനുസരിച്ച് ആസ് ചെയ്യൂലങ്ങളിൽ കോമൺ മുതൽ ിൽ കലാമി തോനും മവാദീതും ആഗോദവും ഒരു കോമ പൊതുവാക്കുണ്ടോ അവര് ഇഷ്ടമാ ചെയ്യും കലാമെ കൊണ്ടോട് ഭംഗി കൂട്ടു ഓ എന്തൊരു വാചാലതി ആണ് അവർ മവാദീതല്ലാതെ ഉടുപ്പിലായി ി തക്കാളിക്കുന്നത് തൊക്കിടുന്നുണ്ടല്ലോ തിരിച്ചല്ലോ തൊക്കീ വിളിച്ചു പറ്റില്ല വേറെ തക്കാളിക്കു വിളിച്ചുണ്ട് ഓരോ മഴകൂടുകാരാണ് പത്തനം വല്ലെന്നോടെ മഴകൂട് വേറെ ആവരണ ചമയെന്ന ഓട കരാവ് മാത്രണ്ട് ബാഗ പോണ്ടല്ലോ ഇതായിരിക്കും ഓരോ ഈ തായ്പത്തിൽപ്പെട്ട തഹസീഫിന്റെ ആളുകളൊക്കെ ഈ മുഖാമുള്ള ഭൂരിപക്ഷം പോയി വലഞ്ഞും അതെ മാത്രമേ ബാക്കിയുള്ളൂ ാണ് പാടപ്പെട്ടത് പറയണ മക്കടിക്കപ്പെട്ടില്ലേ അരി ദുർഹം ഗോത്രക്കാർ പാലിച്ചിട്ടാണ് ഗത്രക്കാർ മക്കൾ കേറി പിടിച്ചത് മക്ക പറഞ്ഞിട്ട് അതിൻ്റെ ഗംസംബല കണറില് പൂത്ത് മറത്തിഞ്ഞില്ല ഇപ്പൊ ദുർഹം ഗോത്രക്കാർ ി പിന്നെ പ്രധാന മക്കൾ അധികന്മാരായി മാറിയിട്ടു അപ്പൊ അവര് പാചകം പാട്ട് പാടിയതാ വല്ലതി ഹജ്ജത്ത് ജനീച്ചവരുടെ ഒരു റബ്ബിനെ തന്നെയാണ് സത്യം കുറൈസുകൾ ഏതൊരു റബ്ബിന്റെ ബേജിനാണോ ഹജ്ജ് ആ റബ്ബിനെ സത്യം എങ്ങനെ ഹജ്ജ് ആരച്ച കബീരന്റെ സിയാമിനും എന്റെ രണ്ട് കണ്ണും കാണുന്നില്ല ഇല്ല അഹിംബത്തി കരിട്ടല്ലാതെ കുടിയോണ്ടി പോയിക്കോ മറ്റോട് പിടിച്ചെടുക്കാൻ വന്നിട്ട് എല്ലാം ഇഞ്ഞ് പോയപ്പോ സിയാമ് കാണുമ്പോ അറിയും അമ്മ സിയാമി സൈമ കണ്ടോ അത് അവിടെ താമസിക്കുന്നു നിഷാദി വാറനിഷാദുന്നു എന്ന അർത്ഥത്തിന് രണ്ടും അങ്ങനെയുള്ള കൂട്ടം കണ്ടെത്തിച്ചു വിഷയത്തിൽ വളരെ എതിരുവാണ് പുറമല്ലോ എന്ന് പറയുകയാണെങ്കിൽ പരാ സിയാമിസാൻ നിഷാന്നാണ് പറയേണ്ടത് ഓരകാലത്ത് എന്താക്കി കൊച്ചു കോലം കെട്ടിയാലുണ്ട് സിയാമോണ്ട് നിസാദം പറയേണ്ടത് സിയാമോ നിഷാ ഉല്ലാറാം കാലത്തെ മുമ്പ് പറയുന്നു സംഭവിച്ചിരിക്കുന്നു لا بل قد ندرست سبيقه بالحقيقه يدارثت سبيقه مندرساي منه പറയണം tarko lagi എന്നല്ല പറയേണ്ടது مرقص يوق الذين كان لهم ابتداي بصنمار ندرسมาക്കിയ ابتداோடയ ശേഷന്മാരനെ गेली போய் ودل الشباب قرب യുവാคมാർപ്പം ബാക്കിയുണ്ട് الذين لا لهم سمتهم سيرتهم سوا لا لهم അവർക്ക് നിബി സിമതിഹേം ഇന്ദരിയെ ശേഷന്മാരോടും وسيرتهم അവരുടെ ജീവിതശക്തിയോടെ നശിച്ചും തുടർച്ച അവകാശമില്ലാസോ ഇരിപ്പിട്ട് വെച്ചപ്പെട്ടു പോയി അത്യാഗ്രഹം മനസ്സിൽ ശക്തി പ്രാപിച്ചു പക്ഷന്റെ നിവാഹവും അതിന്റെ കെട്ടു നിരവണ കുറുകിയിട്ടുണ്ട് വളർത്താതിൽ ഓരോ കല്ലുകൾ തൊട്ട് യാത്ര പറഞ്ഞിരിക്കുന്നു തുടർ ആ ശരീരത്തിനോടുള്ള ആദരവ് പോയിരിക്കുന്നു അതുകൊണ്ട് അവർ എന്നിത്തുപാലാത്തി ഒന്ന് വിലകൽപ്പിക്കാതിരിക്കൽ എന്നത് എത്തും വേണ്ട എന്നും വേണ്ട ഒന്നും വേണ്ടി ഒരു കേരളക്കാരൻ ഉണ്ടല്ലോ അതാണ് അതിനവളാക്കി അവസ്ഥ ചെന്ന് ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗമാക്കി മാറിച്ചിരിക്കും ഒളുപ്പില്ലായി മാപ്പുസം നീല അനാല ഹറാംന്ന് വേറൊരു വലിച്ചെറിഞ്ഞു തറക്കിൽ നിനച്ചറാം എക്സറാം ബഹുമാനിക്കപ്പെട്ടത് എക്സറാമിനെ ഒഴിവാക്കിയിട്ടാണ് അവരുടെ ജീവിതം മുഴുവൻ അതുപോലെ ഒളുപ്പില്ലായിരുന്നു ആ ചങ്കിൽ എന്താ പറയാ ആരാൾ കണ്ടാൽ ഒന്നും ആ ചങ്കിൽ കൊണ്ട് അവർ നിസ്താരമാക്കി ഈ ഭാഗത്ത് നിന്നും വേണ്ടാമാവില്ല ി സ്വാമി തരമില്ലാത്തതാക്കിര ചാടിക്കാൻ തുടങ്ങി അവസാനം വരെ എവിടെ നോക്കോളീന്ന് പറഞ്ഞു മധ്യം പറഞ്ഞത് അതവിടെ ആവാസപ്പെട്ടല്ലാജിത്തൽക്കോമി അൽക്കാവിന്റെ തരീക്ക് മുന്തരിസാന്ന് മനസ്സിലാക്കണം എന്ന് ആ തരീക്കൽ കൗങ്ങിനെ വാദിക്കുന്നറുണ്ട് കാണുന്നു അല്ല കഴിഞ്ഞു പോയി നീ ചോദിച്ച കാര്യം വെച്ചുപോയി ഇപ്പോ എന്തോലും ബാക്കിയെല്ലാം നൽകിയ എല്ലുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതിനെ അതിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങളെ വരെ പോയിപ്പോയി എന്നൊക്കെ പറഞ്ഞു അത് വളരെ പോലെ പറഞ്ഞുതരാൻ സാധിക്കൂരാണല്ലേ പറഞ്ഞത് മുതൽ വാദി നൂല് വരെ നടന്നാലുണ്ടല്ല ഈ പ്രത്യേക ഇൽ സംസാരിക്കുന്ന ഒരാളെ കണ്ടിട്ടേ ഇല്ല ൻ ഇല്ലാറജുനൻ ഒന്നിപ്പം ഒരാളെ കൃഷി മുറിയ രണ്ടാളക്കു നോക്കാം അതിന്റെ സൂചിപ്പിക്കുന്ന കിനായക്കെണ്ണൻ ചെല്ലത്തിൽ വളരെ കുറവാണ് എന്ന സൂചിപ്പിക്കും അനിയൻ അനീകരിച്ചു നോക്കണം അല്ലേ അവിടെ അടുത്തിടെ അലങ്കുരുന്ന് നോക്കിയാടെ തനസ് നോക്കിയാ വളരെ കുറഞ്ഞു പോയി എന്ന ജനാസാണ് നമ്മുടെ സാധിഹിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മളെ രണ്ടും ഞാൻ അപ്പൊ ഹാദ ഈ വാക്ക് അറിയിക്കൂല അരങ്കി സാഹിഹി അവർ പറ്റ പോയി പോയി മുങ്ക എന്നറിയിക്കൂലി സമാനിൻ ഓരോ കാലത്തും കൊണ്ട് റിചാരുൻ ചില റിചാരുകൾ ഉണ്ട് الله ല്ലേ ആ അറിയപ്പെട്ട ആ മാലവുമായ അതത് ലാ എംഗത്തി അദ്ദേഹ പോകാത്ത കാലത്തോളം അത് മുറിഞ്ഞു പോകുന്നതല്ല മുന്നൂറ്റി പതിമൂന്നിട്ട് അത് പല എല്ലാം കൂടെ പൂട്ടിട്ടല്ലേഫീനോട് ചോദിക്കപ്പെട്ടു അൻത് അൻ ആ എണ്ണപ്പെട്ട അവലിയാക്കളത്തൊട്ടിൽ ചോദിക്കപ്പെട്ടപ്പോൾ അയങ്കു സോല ഫീ സമയം ഏതെങ്കിലും കാലത്ത് ചുരുങ്ങി വരുമോ എന്ന് ചോദിച്ചപ്പോൾ പത്താനക്ക സമിതി അതിൽപ്പെട്ട ഒരാണങ്ങാടി ചുരുങ്ങിപ്പോയെങ്കിൽ മാ അറസരത്തി ആകാശം അതിന്റെ ഒരു തുള്ളി വെള്ളം കാര്യം തീർക്കൂല വല അപകത്തിൽ ഇറങ്ങും ലബാത്ത ഭൂമി അതിന്റെ ലബാത്തിനെയും പുറത്തുവെക്കൂല അമ്മ ഫസാദി കാലത്തിന്റെ ഫസാദ് സമയത്തിന്റെ പ്രസാദ് ലാജക്കോ അടത് പോക്കുണ്ടാവൂലും അവരുടെ മതതി തീരുക ഓരോ തൽക്കാലം അടക്കി വെക്കും നമ്മുടെ മതത്തിന്റെ തൽക്കാലം കിട്ടണ്ട കിട്ടേണ്ട കൊടുക്കണ്ട ി ലായക്കൂടി ആചാദിനും അവർ അതത് പോക്ക് കൊണ്ടല്ല വലാദിനും അവരുടെ മതതി ചുരുങ്ങനുകൊണ്ടും അല്ലാതിന്റെ അവർ മറിഞ്ഞുകിടക്കട്ടെ എന്നായിരിക്കും ആ അവരുടെ നടത്തുന്ന നിലനിൽക്കും പണം മറിഞ്ഞു കിടക്കട്ടെ എന്നാ അവരെ കൊണ്ടുള്ള ഉപകാരം മറ്റുള്ളത് നൽകാൻ നിർത്തിവെക്കാം ി അഭേദങ്ങൾ തൊട്ട് തിരിഞ്ഞുകളായി മാറി അള്ളാഹു സുബാഹനത്താൽ അല്ലാത്തതിന്റെ ഒന്നാം സ്ഥാനം കൽപ്പിക്കുന്ന ആളുകളുമായി മാറിക്കഴിഞ്ഞാൽ പല ചെയ്യാത്ത കാര്യത്തിൽ കാര്യമില്ലല്ലോ ഓർക്കും കളിയോ ഇവർ വന്ന് സ്വീകരിക്കുന്ന ആളുകട്ടെ മല തൊമിൽഹും സദുപദേശങ്ങൾ അള്ളാതെ കണ്ടോളെ ചായക്കുകയും ചെയ്തോട് അഹരല്ലി ദുഹോരില്ലാഹിത്താനാ അപ്പൊ അവരിൽ അല്ലാഹു അവരിയാക്കാൻ ആകാൻ മാത്രം ഇവർ അഹലായിക്കില്ല ഇതുകൊണ്ടാണ് കാലു പറഞ്ഞത് ആണ് എന്ന് പറഞ്ഞത് പുതിയമാർച്ചിരുന്ന പുതിയ മണ്ഡുങ്ങന്മാരല്ലേ വനായല്ലോ മുജിമോ നാട്ടിലെ തെണ്ടുകളൊന്നും കണ്ടു നിൽക്കൂലല്ലോ ചമയിക്കുന്നവർ പ്രത്യേകിച്ച് ഇങ്ങനെ അണീച്ചിട്ട് കുന്ന കൊണ്ടുപോക്കല്ലേ എന്ന് പറഞ്ഞ മാതിരി മുജരിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അവലിയാക്കൽ വേറെ وهي ما عرفوه أن يقول له مسؤولاً. ثم قال إن فرنما قد قال صلى الله عليه وسلم لا تأثير من الذين يريدون. فقد قال صلى الله عليه وسلم دنقل <تصفيق> برن إذا رأيت شحاً مطواعاً وحضاً متبعاً ودين مؤترةً وإذا أضطل لذي رأيه برأيه فعليك بطويسة نفسكاً. ماذا قال؟ مطاعة يا شحر شحرنا نبي شحرنا نبي شحرنا على مريده. ഫിസിറ്റ് മനുഷ്യന്റെ കുമാവത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞു ആ ഫിസിറ്റ് കെൽപ്പിക്കുമ്പോളെ വെക്കൊട്ട് നടന്നാലാണ് ദൂഷ്യം എന്നാ പറഞ്ഞത് അപ്പൊ ഫിസിറ്റുണ്ട് ആ ഫിസിറ്റിന് വെയിപ്പെടുന്നു അപ്പോ ആരി ഒന്നും കൊടുക്കൂല തടിഹവ ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവൂല പക്ഷെ ഇത്തിബ ഇല്ലെന്ന് നോക്കുന്നു കണ്ടു ദീനനേക്കാളും അന്നാനേക്കാളും മംഗളനെ കൽപ്പിക്കപ്പെടുന്ന ദുഞ്ഞാവിനെയും കണ്ടു മൈജാബുല്ല അഭിപ്രായം പറയുന്നവണെന്താക്കുന്ന ഇങ്ങനെ കുറ്റം കൊള്ളാൻ തുടങ്ങി അവൻ അവന്റെ അഭിപ്രായം കൊണ്ട് ഞാൻ പറഞ്ഞ അഭിപ്രായം ആ പറഞ്ഞു മാനിച്ചോളം ഏ ഞാൻ പറഞ്ഞ കേട്ടാ ഞാൻ ഞാൻ മസാല അറിയറി എന്താ ഓരോരുത്തരുണ്ടോ അങ്ങനെയുള്ള ഏജാബും കണ്ടാൽ ഇവിടെന്ത കൊണ്ട് ഈ സോക്കട് മാറില്ലാണോ അരയിക്കാം നീ മുടുക്കിടിച്ച ഓഫീസ് ഉപയോഗത്തിന് എത്തിച്ച നിന്റെ സ്വന്തം കാര്യത്തില് നീ നിന്നോ ഇവർ അന്നത്തെ ഇങ്ങനെ ആവുചാ നന്നാവാടഞ്ഞു പോലോ ഇത് നേരം നോക്കിട്ട് എന്തുകൊണ്ട് ഓരോ മണി നോക്കിട്ടു ഈ അവനിയാക്കന്മാർ കേട്ടു ഈ മസയക്കന്മാരായ അവര് കേട്ട് വസയ്യത്തെ റസോലി കേട്ടു അങ്ങനെ തെരഞ്ഞെടുത്തുണ്ടെങ്കിൽ ഓരോ നമ്മുടെ കൊണ്ടുണ്ടായി നമുക്ക് നോക്കാം എന്ന് മാത്രമല്ല ആ കഫായനെ തെരഞ്ഞെടുത്തില്ലതും അവർക്ക് വേണ്ടി തിന്നുവെച്ചാൽ അവർ തിരഞ്ഞെടുത്തു എന്നല്ല ശരിക്കും അവർക്ക് വേണ്ടി എന്നാ തന്നെ കഫായനെ തെരഞ്ഞെടുത്തു എന്നാ പറയേണ്ടത് എന്നുവെച്ചാൽ അവരെന്താ അന്മാവിന്റെ പ്രത്യേകമായ തതിനിറാത്തിലാണെന്താ കഴിയുന്നത് അപ്പൊ നമ്മൾ ഇന്ന് തിരഞ്ഞെടുക്കാൻ ഓർക്കില്ല കപ്പായനെ അവർ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ ഒന്നാമകാല അവർക്ക് വേണ്ടി കപ്പായ തെരഞ്ഞെടുത്തു അതോടൊപ്പം മാന്നവും ലാബുദ് അന്യകൂനം ഇന്നും ബിൽ വക്കത്തി എന്ന് മാത്രമല്ല ലാബുദ് അന്യകൂനമിന്നും ആ കൂട്ടത്തിൽ ഉണ്ടാവാണ്ട് പറ്റൂല ബിൽ വക്കോരോ വക്കത്തിലും വാഹിറോൻ പ്രത്യക്ഷമായ അയി്മത്ത് കൂടിയേ കഴിയൂ വായിമോന ബിൽജീനന്റെ ഭുജത്തു കൊണ്ട് നിലനിൽക്കുന്നവര് ശരിയായ മൂടി സഞ്ചരിക്കുന്നവര് അതെന്തിനാൽ എന്റെ മുഖത്തിൽപ്പെട്ടിഫത്ത് ഉണ്ടായിക്കൊണ്ടേരിക്കും ഹത്തിന്റെ മേൽ നിലനിൽക്കുന്നവരായിട്ട് അവരെ ആരെന്ത് ശത്രുട്ടി എന്നാലും ഓർക്കുന്നില്ല അതെത്ര വരെ സിയാമന്നാണ് വരെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് ലൊക്കത്തക്കാർ അടിയും കർമ്മമുള്ള മധുഹമോ റബിയോ അവരുടെ മുഹാത്മത്തിൽ പറഞ്ഞു അവരുടെ സംസാരത്തിന് സിയാ ആണ് ഹാജനെ ഉള്ളത് ഭീമ ഉള്ളത് ഉമയിൽ മതി ഇദ്ദേഹം നോക്കിക്കോളു അതി റോജിമാരുടെ ഒരു ശിഷ്യന അവരോട് പറഞ്ഞത് അള്ളാഹുക്ക അല്ല കെട്ടുകൊണ്ട് നിന്റെ മധുഞ്ഞു വേണ്ടി നിൽക്കുന്ന ഒരു കൗമിരത്വത്തെ നീ കാടിയാക്കോന അടദാ അവരുങ്ങിയവരാണ് അല്ലാതെ അള്ളാഹുന്റെ അടുത്ത